തിനു മഹത്വം നമുക്ക് രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച സന്തോഷത്തോടെ ഇത്രയും പേർക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കിയല്ലോ കഴിഞ്ഞ ആഴ്ച നമ്മൾ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുകയായിരുന്നു പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ നമ്മളതിനെ ഒരു ശക്തിയായിട്ട് പറയും അത് തീർച്ചയായിട്ടും ആ നിലയിൽ നമ്മളെ ശക്തിപ്പെടുത്തും എന്നാൽ ശക്തി ലഭിച്ചിട്ട് എന്നാണല്ലോ അപ്പോസിൽ പുറത്തി ഒന്നാമധ്യായത്തിൽ കർത്താവ് പോകുന്നതിന് മുമ്പ് ഒന്നാം അധ്യായിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞത് എന്നാൽ പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ട് കാണാറില്ല എന്നാൽ വ്യക്തിയായിട്ട് കാണുമ്പോൾ അതു മൂലം നമുക്കുള്ള പ്രയോജനങ്ങൾ എന്നുള്ള കാര്യമായിരുന്നു നമ്മളെ കഴിഞ്ഞയാഴ്ച ചിന്തിച്ചത് പ്രിയപ്പെട്ടവർ നമ്മൾ ഈ യോഹനൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിലാണ് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ട് ഒരു കാര്യസ്ഥനായിട്ട് പറയുന്നത് സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ പേഴ്സണിഫൈ ചെയ്ത് ഒരു വ്യക്തി എന്ന നിലയിൽ അവതരിപ്പിക്കുന്നത് അവിടെയാണ് ആ ആ ഘട്ടം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കർത്താവ് ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തുകയെ അഞ്ച് അധ്യായങ്ങളാണ് യോഹന്നാൻ തന്നെ കർത്താവിൻ്റെ അന്ത്യ ശിഷ്യന്മാരോടുള്ള വിടവാങ്ങൽ പ്രസംഗത്തിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു അതിൽ ഈ പതിനാലാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് അവരുടെ ഹൃദയത്തിൽ കലക്കവും ദുഃഖവും ഉണ്ട് കാരണം തങ്ങളുടെ കൂടെ എല്ലാത്തിനും എല്ലാറ്റിനും നേതൃത്വം നൽകാനും ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ചെന്ന് ഒക്കെ ഉണ്ടായിരുന്ന കർത്താവ് പറയുന്നു ഞാൻ പോവുകയാണ് പോവുകയാണ് എന്ന് പറയുമ്പോൾ അനിശ്ചിതമായ ഒരു ഭാവിയിലേക്ക് നോക്കി നിൽക്കുന്നത് അവരുടെ ഹൃദയത്തിൽ ഉത്കണ്ഠകൾ ഉയർന്നു വരികയാണ് നമുക്ക് അറിയാമല്ലോ ഈ രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ പ്രാരംഭ ആഴ്ചയിൽ നമ്മൾ നിൽക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ഇനി എത്രയോ ആഴ്ചകൾ കിടക്കുന്നു ജാനുവരി ഫെബ്രുവരി ഡിസംബർ വരെ കഴിഞ്ഞ വർഷം ഇതുപോലെ ആദ്യം നമ്മൾ പറഞ്ഞു ദയമേ ഞങ്ങൾ ഈ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ തുടക്കത്തിൽ ഞങ്ങളായിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലുള്ള ആളുകളെ എല്ലാവരെയും ഒരാളെപ്പോലും എണ്ണത്തിൽ കുറയാതെ സൂക്ഷിക്കണേ എന്ന് നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞു പക്ഷേ ആണ്ടിൻ്റെ ആരംഭം കണ്ട ചില ആളുകൾ ആണ്ടിൻ്റെ അവസാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ പ്രാരംഭ ദിവസം നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവമേ ഞങ്ങളെ സന്തോഷത്തോടെ നടത്തണം ഞങ്ങളാരും എണ്ണത്തിൽ കുറയാതിരിക്കണമെന്നൊക്കെ ആണെങ്കിൽ പോലും അനിശ്ചിതമായ ഈ ദിവസങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ചില ഉത്കണ്ഠകളും കാര്യങ്ങളും വരാം അങ്ങനെയാണെങ്കിൽ ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ എത്ര വലിയ ഉത്കണ്ഠകളായിരുന്നു അവർക്ക് അവർക്ക് അവരുടേതായിട്ടൊരു മെറിറ്റ് പറയാനില്ല അവരൊക്കെ സാധാരണ ജോലി ചെയ്ത് മുക്കുവന്മാരായിട്ടും മറ്റ് വളരെ സാധാരണമായ ജോലികൾ ചെയ്ത് ജീവിച്ചെടുത്തുനിന്ന് നസ്രയനായ യേശു വന്ന് അവരെ വിളിച്ചിറക്കി എന്നല്ലാതെ അവർക്ക് മറ്റൊന്നും ഒരു പുകഴ്ച പറയാനില്ല അങ്ങനെയുള്ള യേശു ഇതാ പറയുന്നു ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ സ്വാഭാവികമായിട്ട് ദുഃഖമുണ്ട് ആ ദുഃഖത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കർത്താവ് ഈ പതിനാലാമത്തെ അധ്യായം ആരംഭിക്കുന്നത് അവിടെ പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നാ പറയുന്നു എന്നിട്ട് ഞാൻ പോകുന്നു എന്നൊക്കെ യേശു പറയുമ്പോൾ വളരെ നിഷ്കളങ്കതയോടെ അതാ ഫീലിപ്പോസ് എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു കർത്താവി നീ പോകുന്നൊക്കെ കൊള്ളാം പക്ഷേ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്നാൽ ഞങ്ങൾക്ക് മതി ഏതായാലും യേശു പോവുക എന്നാൽ പിന്നെ യേശു കൂടെ കൂടെ പിതാവ് പിതാവ് എന്ന് പറയാറുണ്ട് എന്നാൽ ഇനി പിതാവെങ്കിലും ആട്ടെ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം കണ്ടോ അവർക്ക് കാണാവുന്ന ദൃശ്യമായ കാര്യങ്ങളെ സ്പർശിക്കാവുന്ന കാര്യങ്ങളെ അവർക്ക് അതിനെ സാധ്യതയുള്ളൂ അതിനപ്പുറത്തേക്ക് വിശ്വാസത്തിൻ്റെ ഒരു കണ്ണ് അപ്പോഴും അവർക്ക് തുറന്നു കിട്ടിയിട്ടില്ല വേണ്ടതുപോലെ അതുകൊണ്ട് ഫിലിപ്പോസ് പറയുന്നു കർത്താവെ നീ പോവുകയാണെന്ന് പറയുന്നു എന്നാൽ നീ കൂടെ കൂടെ ഒരാളെ പരിചയപ്പെടുത്താറുണ്ടല്ലോ എൻ്റെ പിതാവ് പിതാവ് ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല പിതാവ് എന്ന് പറഞ്ഞ് കൂടെ കൂടെ പറയുമല്ലോ ആ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്നാൽ പിന്നെ ഞങ്ങൾക്ക് മതി എന്ന് അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ വളരെ നിഷ്കളങ്കതയോടെ ഫിലിപ്പോസ് പറയും നമ്മൾ ഈ ചില ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ കണ്ണ് നിറഞ്ഞു പോവും ചില ആളുകളുടെ നിഷ്കളങ്കത ചിലരുടെ വളരെ എന്താ വളരെ ഇത്രയും നാളുകൾ അവരോടുകൂടെ കർത്താവ് പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞിട്ടും കാര്യങ്ങളും മനസ്സിലാക്കാത്ത അവരുടെ നിസ്സഹായത ഇതൊക്കെ യാഥാർത്ഥ്യബോധത്തോടെ വായിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു നിമിഷം നിന്ന് പോകും ഈ അതുപോലെ ഒരു രംഗമാണ് പതിനാലിൻ്റെ എട്ട് ഫിലിപ്പോസ് പറഞ്ഞു പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്നാൽ മതി എന്നാ പറഞ്ഞു ഉടനെ യേശു പറഞ്ഞു ഞാൻ ഇത്രയും നാളും ഇരുന്നിട്ടും ഫിലിപ്പോസ് എന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്നെ കണ്ടവൻ എന്ത് ചെയ്തിരിക്കുന്നു പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞു അത് കഴിഞ്ഞ് ആ ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് അതിൻ്റെ വാക്യത്തിലേക്ക് പതിന പതിനാല് പതിനഞ്ച് പതിനാറിലേക്കൊക്കെ വരുമ്പോൾ ഇതാ തൃത്വത്തിൽ പിതാവും പുത്രനും മാത്രമല്ല മറ്റൊരാൾ സത്യത്തിൻ്റെ ആത്മാവ് എന്നൊരു കാര്യസ്ഥൻ ആ ഒരു വ്യക്തിയായിട്ട് യേശു പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുന്നു ഈ പതിനാലാം അധ്യായത്തിൽ നമ്മൾ ഈ പറഞ്ഞ ഇടത്ത് തൃത്വം മുഴുവനുമുണ്ട് പിതാവുണ്ട് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം പുത്രൻ പറയുന്നു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പുത്രൻ്റെ സാന്നിധ്യം ദൃശ്യമായ നിലയിൽ അവിടെയുണ്ട് മാത്രമല്ല യേശു തൃത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും അവിടെ വളരെ വ്യക്തതയോടെ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോയാൽ അവനെന്ത് ചെയ്യും നിങ്ങളോടുകൂടെ എന്നേക്ക് വിരിക്കേണ്ടതിന് വേണ്ടി ഞാൻ അവനെ അയക്കുന്നു ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല എന്നെല്ലാം പറഞ്ഞ് ആ തൃത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ കൂടെ ആ രംഗത്തേക്ക് കൊണ്ടുവരുന്നു കണ്ടോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് പേരുടെയും സാന്നിധ്യമുള്ള ഒരു അധ്യായമാണ് ഇത് ഈ കാര്യം ഈ പരിശുദ്ധാത്മാവിനെ ഈ നിലയിൽ ഒരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞ് ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളിത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കംഫർട്ടർ അതായത് ആശ്വാസപ്രദൻ ആശ്വസിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് കാണുന്നത് എന്നാൽ ഇതിൻ്റെ ഗ്രീക്ക് മൂലഭാഷയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ സത്യത്തിൽ ഈ കാര്യസ്ഥൻ എന്ന വാക്ക് അത് കേവലം ഒരു കാര്യസ്ഥൻ എന്നോ അല്ലെങ്കിൽ കേവലം ആശ്വസിപ്പിക്കുന്ന ഒരുവനെന്നോ അല്ല മറിച്ച് അവിടെ പാരക്ലീത്ത എന്ന് പറയുന്ന ഒരു വാക്കാണ് അത്ര ഉപയോഗിച്ചിരിക്കുന്നത് ആ വാക്കിൻ്റെ അർത്ഥം അത് ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് എന്നാണ് അർത്ഥം അപ്പം യേശു പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുന്നു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു ഈ പതിനാലിൻ്റെ പതിനാറിലാണ് നമ്മളത് കാണുന്നത് പതിനാലിൻ്റെ ഇരുപത്തി ആറിൽ വരുമ്പോഴും പരിശുദ്ധാത്മാവിനെ അഡ്വക്കേറ്റ് എന്നാ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു പതിനഞ്ചിൻ്റെ ഇരുപത്താറ് പതിനാറിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇവിടെയൊക്കെ പരിശുദ്ധാത്മാവ് ഒരു അഡ്വക്കേറ്റ് പോലെ നിങ്ങളോട് കൂടെയിരിക്കുകയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും നിങ്ങൾക്ക് വഴി കാണിച്ചു തരികയും നിങ്ങൾക്ക് വ്യക്തതയില്ലാത്ത സമയത്ത് എന്നിൽ നിന്ന് തന്നെ എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പ്രസക്തമായ കാര്യങ്ങൾ എടുത്ത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന് നിങ്ങളെ കൈപിടിച്ച് നടത്തുകയും ഒക്കെ ചെയ്യുന്ന കൂടെയിരിക്കുന്ന ഒരാളായിട്ട് ഈ അഡ്വക്കേറ്റിനെ യേശു പരിചയപ്പെടുത്തും നമ്മൾ ഇതിൻ്റെ വിവിധ സാധ്യതകളെക്കുറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള സാധ്യതകളെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചത് പ്രിയപ്പെട്ടവരെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ത്രിയേക ദൈവം വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് പക്ഷേ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനല്ല പറിച്ചെന്താ നമ്മൾ ചെയ്തത് നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും അത് നമുക്കെങ്ങനെയാണ് ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ഈ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് അവനൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ കൂടെയിരിക്കുമ്പോൾ അത് നമുക്ക് തരുന്ന സാധ്യതകൾ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച ചിന്തിച്ചത് എന്നാൽ ഈ പാരക്ലീത്ത എന്ന് പറയുന്ന അതേ വാക്ക് തന്നെ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ഉപയോഗിക്കുന്നുണ്ട് യോഹന്നാനാണ് സത്യത്തിൽ ഈ ഒരു വാക്കിൻ്റെ ആൾ നമ്മൾ പൗലോസിനെയൊക്കെ പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് അവർക്കാർക്കും ഇല്ല ആർക്കാ ഉള്ളത് യോഹന്നാനാ ഉള്ളത് യോഹന അതുകൊണ്ട് സുവിശേഷത്തിൽ പറഞ്ഞ ഈ വാക്ക് താൻ യോഹനൻ്റെ ഒന്നാമത്തെ ലേഖനത്തിലും യോഹന്നാൻ എടുത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്ന് യോഹന്നാൻ അതിൻ്റെ രണ്ടാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്കെഴുതുന്നു ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട് കണ്ടോ കാര്യസ്ഥൻ എന്ന് പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തിയ അതേ വാക്ക് യോഹനാൻ തൻ്റെ ലേഖനം എഴുതുമ്പോൾ അത് ആർക്കു വേണ്ടിയോ എടുത്ത് ഉപയോഗിക്കുന്നു യേശുക്രിസ്തുവിന് വേണ്ടിയും ഉപയോഗിക്കുന്നു യേശുവും എന്താണ് യേശുവും അഡ്വക്കേറ്റാണ് അഭിഭാഷകനാണ് ഏഹ് അഭിഭാഷകനാണ് നമുക്ക് വേണ്ടി വാദിക്കുന്നവനാണ് നമുക്കറിയാമല്ലോ അഡ്വക്കേറ്റ് നമുക്കും ഇന്ന് വളരെ പരിചിതമായ ആളാണ് ഏ നമുക്ക് വേണ്ടി നമുക്കൊരാവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഒരു കോഴ്സിന് വേണ്ടി നിന്ന് വാദിക്കുന്ന ആളാണ് കാര്യസ്ഥൻ യേശു ക്രിസ്തുവിനെയും ആ നിലയിൽ ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ പരിചയപ്പെടുത്തുന്നതാണ് നമ്മളെ കാണുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് തൃത്വത്തിൽ രണ്ടാമനായ യേശു ക്രിസ്തുവിനെക്കുറിച്ചും യേശു ക്രിസ്തു അഡ്വക്കേറ്റായിരിക്കുന്നത് കൊണ്ടും യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സാധ്യതകൾ ഈ നിലയിൽ തൃത്വത്തിൽ രണ്ടാമനായ യേശു ക്രിസ്തു നമുക്ക് എങ്ങനെയാണ് പ്രയോജനമായിരിക്കുന്നത് ആ സാധ്യതകളെക്കുറിച്ച് നമുക്ക് ഇന്ന് നമുക്ക് ചിന്തിക്കാം ഇവിടെ ഇതാ ഒന്ന് യോഹന്നാൻ രണ്ടാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ യേശു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞിരിക്കണം നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് യോഹനാൻ ഒന്നാമധ്യായം അതിൻ്റെ ഏഴ് മുതൽ ഒന്ന് യോഹന്നാൻ ഒന്നാമധ്യായം അതിൻ്റെ ഏഴ് മുതൽ രണ്ടാമധ്യായം അതിൻ്റെ ഒന്നോ രണ്ടോ രണ്ടു വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അത് മുഴുവൻ വിശ്വാസികൾക്കു വേണ്ടിയുള്ളതാണ് എന്നുവെച്ചാൽ വിശ്വാസികളിലൊരാള് കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച ഒരാൾ പാപത്തിൽ വീണുപോയാൽ ഒരു തെറ്റ് സംഭവിച്ചാൽ ആ കാര്യത്തിൻ്റെ പോംവഴിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തം അതിന് എപ്പോഴും രണ്ട് സാധ്യതകളുണ്ടല്ലോ ഒന്നെന്ന് പറയുന്നത് എന്താ ഒന്ന് ഒരു പാപിയെ നീതീകരിക്കുന്നതാണ് കർത്താവിനെ രക്ഷകനായിട്ടോ നാഥനായിട്ടോ സ്വീകരിക്കാത്ത ഒരു പാപി ആ പാപിയായ ഒരുവൻ കാൽവറി ക്രൂശിൽ യേശു ചൊരിഞ്ഞ രക്തത്തെക്കുറിച്ചും യേശു തനിക്ക് പകരം പാപപരിഹാര ബലിയായി എന്നുള്ള കാര്യവും ഒരു ദിവസം കേൾക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു അവൻ തന്നെ കർത്താവിനായിട്ട് സമർപ്പിക്കുന്നു രക്ഷയെന്നോ വീണ്ടും ജനനമെന്നോ മാനസാന്തരമെന്നോ ഒക്കെ വ്യത്യസ്തമായ വാക്കുകളിൽ ഉപയോഗിക്കുന്ന ആ കാര്യം കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് ആദ്യം വരുന്ന ഒരു നിമിഷം ആ നിമിഷത്തിൽ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ രക്തം എന്ത് ചെയ്യുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്തം അവനെ നീതീകരിക്കുന്നുണ്ട് എന്നാൽ അവിടെ കൊണ്ട് കഴിഞ്ഞില്ല ചിലപ്പോൾ മലയാളത്തിൽ വളരെ മനോഹരമായ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട് ഒന്നുറങ്ങിയത് കൊണ്ട് നേരം വെളുക്കുകയില്ല എന്നാ ഒരു പ്രയോഗം എന്താ ഒന്നുറങ്ങിയത് കൊണ്ട് നേരം വിളിക്കുകയില്ല നമ്മളൊക്കെ തന്നെ അറിയാമല്ലോ രാത്രിയിൽ പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കിടന്നാലുടനെ സൂര്യൻ ഉദിച്ചാലേ അമ്മയൊക്കെ പറഞ്ഞു മോനെ നേരെ വെളുത്തല്ലോ എന്ന് പറഞ്ഞാലേ അവനൊക്കെ ഉണരുള്ളൂ എന്നാൽ പ്രായമായ ആളുകളൊക്കെ പലരും എന്താ ഒന്നുറങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും ഉണന്ന് പിന്നെയും ഉറങ്ങി അങ്ങനെയുള്ള ആരോ പ്രായമായ ആളുകൾ ആരോ ഒരു പ്രയോഗമാണ് ഇത് ഒന്നുറങ്ങിയത് കൊണ്ട് നേരം വെളുക്കുകയില്ല ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു സഭയിൽ വന്നു പക്ഷേ പാപത്തിന് മോചനം ലഭിച്ചു പക്ഷേ ഒന്നുറങ്ങിയത് കൊണ്ട് നേരെ വിളിക്കുകയില്ല കർത്താവിൻ്റെ വരവ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം അതിങ്ങനെ നീണ്ടു കിടക്കുക ഇടയ്ക്കൊക്കെ പിന്നെയും എന്തുണ്ടാകും പിന്നെയും സത്യസന്ധരാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ അറിയാതെയോ അറിഞ്ഞോ ചിലപ്പോൾ ചില പാപത്തിൽ വീണു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ബൈബിൾ എപ്പോഴും വളരെ റിയലിസ്റ്റിക്കാണ് ഒരു ആളുകളെ വെറുതെ പറഞ്ഞൊരു മോഹന വാഗ്ദാനം നൽകി നടത്തുകയല്ല നീ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചാൽ പിന്നെ ഒരിക്കലും പാപത്തിൻ്റെ ഒരു സ്പർശം പോലും ഇല്ല എന്ന് പറയുന്നതാണ് സത്യത്തിൽ ഒരു മോഹന വാഗ്ദാനം അങ്ങനെ ഒരു മോഹന വാഗ്ദാനമല്ല ബൈബിള് പറയുന്നത് ബൈബിള് പറയുന്നു യാഥാർത്ഥ്യബോധത്തോടെ പറയുന്നു നീ കർത്താവിനെ സ്വീകരിച്ചു നിൻ്റെ പാപത്തിന് മോചനമായി പക്ഷേ മുന്നോട്ട് നടക്കുമ്പം ഒന്നുറങ്ങിയത് കൊണ്ട് നേരം വിളിക്കുകയില്ല പിന്നെയും എന്താ പിന്നെയും അറിഞ്ഞോ അറിയാതെയോ പാപത്തിൽ വീണുപോകാം അങ്ങനെ സംഭവിച്ചാൽ അതിനുള്ള പൊട്ടൻഷ്യലൂടെ അതിനുള്ള സാധ്യതകളൂടെ അതിനുള്ള പരിഹാര കാര്യങ്ങളിലൂടെ വ്യക്തതയോടെ ദൈവവചനത്തിൽ പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് യോഹന്നാൻ ഒന്നാമധ്യായം അതിൻ്റെ ഏഴ് മുതൽ രണ്ടാമധ്യായം അതിൻ്റെ രണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് വിശ്വാസികളിൽ ആർക്കെങ്കിലും വിശ്വാസികളിൽ ആർക്കെങ്കിലും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷം ഒരു പാപം സംഭവിച്ചാൽ അതിനുള്ള പോംവഴിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അല്ലാതെ അവിശ്വാസികൾക്കുള്ള ഒരു കാര്യമല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം യോഹൻ ഞാൻ ആ ഒരു കോണ്ടസ്റ്റിലാണ് ഇത് പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളാരും പാപം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ല പാപത്തിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിച്ചെന്നും ഈ ഉറപ്പുള്ള പാറയിൽ നമ്മുടെ പാദങ്ങളെ കർത്താവ് പ്രതിഷ്ഠിച്ചെന്നുള്ളതുമാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്നാൽ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ചിലപ്പോൾ ഒരു പാപത്തിൽ വീണുപോയാലോ വീണു പേടിക്കണ്ട ഇവിടെ ഇതാ ഈ രണ്ടാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട് നമുക്കൊരു അഡ്വക്കേറ്റ് പിതാവിൻ്റെ അടുക്കലുണ്ട് പിതാവ് സ്വർഗ്ഗത്തിലുണ്ട് പിതാവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി ആ നമുക്കൊരു തെറ്റ് വന്നാൽ അതിനുവേണ്ടി വാദിക്കാൻ അല്ലെങ്കിൽ നമ്മളെ നീതീകരിക്കാനായിട്ട് പിതാവിനോട് അഭ്യർത്ഥിക്കാനായിട്ട് ആരുണ്ട് ഒരു അഡ്വക്കേറ്റുണ്ട് നമ്മൾ നേരത്തെ കണ്ടു യോഹനൻ്റെ സുവിശേഷം പതിനാലിൻ്റെ പതിനാറിലും പതിനാലിൻ്റെ ഇരുപത്താറിലും ഒക്കെ പരിശുദ്ധാത്മാവിനെ ഒരു അഡ്വക്കേറ്റ് പോലെ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിൽ നമ്മോടൊപ്പം നിന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്നു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി വാദിക്കാൻ ആരെ യേശു ക്രിസ്തു ഉണ്ട് കണ്ടോ ഏ ഒരു വണ്ടി ട്രെയിൻ പോകുന്നത് ട്രെയിൻ പോകുമ്പോൾ ചില ട്രെയിനുകൾക്ക് എന്തുണ്ട് മുമ്പിൽ ഒരു എൻജിനുണ്ട് ആ എഞ്ചിൻ വലിച്ചോണ്ട് പോകുന്നു ചില ട്രെയിനുകൾക്ക് പുറകിലും ഒരു എഞ്ചിനുണ്ട് പുറകിലത്തെ എഞ്ചിൻ എന്തോ ചെയ്യും അതിനെ തള്ളിക്കൊടുക്കും മുമ്പിലും പുറകിലും എഞ്ചിനുള്ള ഒരു നീണ്ട ട്രെയിൻ പോലെയാണ് നമുക്കുള്ള കാര്യങ്ങളെല്ലാം സ്വർഗം എത്ര ഭദ്രമായിട്ട് അത് പ്ലാൻ ചെയ്തിരിക്കുന്നു നമുക്ക് ഭൂമിയിൽ ഒരു അഡ്വക്കേറ്റുണ്ട് ഭൂമിയിൽ ഒരു അഡ്വക്കേറ്റുണ്ട് നമ്മുടെ കൂടെ നടക്കുന്നവൻ നമ്മെ ഉപദേശിക്കുന്നവൻ യേശുവിൻ്റെ ജീവിതത്തിൽ നിന്നെടുത്ത് നമ്മളെ കാണിക്കുന്നവൻ നമുക്ക് നമ്മളെ ആശ്വസിപ്പിക്കുന്നവൻ നമുക്ക് വേണ്ടി വാദിക്കുന്നവൻ അങ്ങനെയുള്ള ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വാദിക്കുന്ന അങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഭൂമിയിലുണ്ട് അപ്പോൾ തന്നെ സ്വർഗത്തിലുമാരുണ്ട് നമുക്ക് വേണ്ടി ഒരു ആ നിലയിൽ ഒരു അഡ്വക്കേറ്റ് ആ അവിടെയുണ്ട് ആ കാര്യസ്ഥൻ അവിടെ ഉണ്ട് എന്നിട്ട് ആ കാര്യസ്ഥൻ നമുക്കൊരു പാപം സംഭവിച്ചാൽ എന്തു ചെയ്യും അടുക്കൽ ചെന്ന് നാം ആ പാപത്തിന് പാപം ഏറ്റുപറയുന്നെങ്കിൽ ഒന്നാമത്തെയായോ അതിൻ്റെ ഒൻപതാമത്തെ വാക്യം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു നമ്മൾ പാപം നമുക്ക് സംഭവിച്ചാൽ സംഭവിക്കണമെന്നല്ല കണ്ടോ നമ്മൾ രണ്ടാമത്തെ നിങ്ങൾ ഈ വാക്യങ്ങളിലേക്ക് വരണേ നമ്മൾ വളരെ ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തെ മാറ്റാവുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഒക്കെ ഈ ശ്രദ്ധിച്ചിരിക്കണം അതുകൊണ്ട് വാക്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഓരോ വാക്കുകളും ശ്രദ്ധിക്കണം ഇവിടെ ഇതാ രണ്ടാമദ്ധ്യായത്തിലേ പറയുന്നു അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ പാപം ചെയ്യണമെന്നല്ല അഥവാ പാപം ചെയ്തു എങ്കിലോ എന്നിട്ട് ആ ഒന്നാം അധ്യായത്തിൽ രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്തുവാ യോഹന പറയുന്നു കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്കിത് എഴുതുന്നത് എന്തിനാ നിങ്ങൾ പാപം ചെയ്താൽ ഒരു കാര്യസ്ഥനവിടെ ഉണ്ടെന്നു അവന് എല്ലാ കാര്യവും പരിഹരിച്ചുകൊള്ളും എന്നും ഒക്കെ ഞാൻ പറയുന്നത് എന്തിനാണ് അവിടെ പറയുന്നു നിങ്ങൾ പാപം ചെയ്യാൻ നിങ്ങൾക്കൊരു ലൈസൻസ് തരാൻ വേണ്ടി എന്നല്ല അവിടെ പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിച്ചു പോകും എന്നാൽ അങ്ങനെയല്ല യോഹൻ ഞാൻ പറയുന്നത് മറിച്ച് എന്താ യോഹനാൻ പറയുന്നത് നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങളോട് പറയുന്നു നമുക്ക് അഥവാ നമ്മൾ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും അതൊരു ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്ന ഒരു പാപപ്രവൃത്തിയെക്കുറിച്ചാണ് കമിറ്റ്സിൻ അല്ലാതെ തുടർച്ചയായിട്ട് ബോധപൂർവം ഓ ഒരു സ്വഭാവം പോലെ ചെയ്യുന്ന പാപത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നത് ഒരുത്തൻ അബദ്ധത്തിൽ നമ്മൾ പറയില്ലേ അബദ്ധവശാൽ ബ്രതറെ ഒരബദ്ധം പറ്റി ചിലപ്പോൾ ചില സൗരന്മാരും വന്ന് പറയും ബ്രതറെ ഒരബദ്ധം പറ്റി ഒരബദ്ധം പറ്റി എന്ന് പറഞ്ഞതുപോലെ അബദ്ധവശാൽ ഒരുത്തൻ പാപം ചെയ്തുെങ്കിലോ അത് പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല പാപം ചെയ്യാൻ വേണ്ടിയല്ല ഇത് പറയുന്നത് പാപം ചെയ്യാതിരിപ്പാൻ ആണ് ഇത് പറയുന്നത് അഥവാ പാപം ചെയ്തെങ്കിലോ പേടിക്കണ്ട എന്തുണ്ട് യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ അടുത്തുണ്ട് ഭൂമിയിൽ ഒരു കാര്യസ്ഥനുണ്ട് സ്വർഗത്തിൽ പിതാവിൻ്റെ അടുത്ത് നമ്മളെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട് അവൻ എന്തു ചെയ്യുന്നു അവൻ അഡ്വക്കേറ്റ് മാത്രമല്ല അതിൻ്റെ രണ്ടിൻ്റെ രണ്ടാമത്തെ വാക്യം അവൻ നമ്മുടെ പ്രാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു അപ്പം നമ്മുടെ അഡ്വക്കേറ്റ് തന്നെയാണ് നമ്മുടെ പ്രായച്ചിത്വം ചിന്തിക്കണേ നമ്മൾ സാധാരണ നാട്ടിൽ അങ്ങനെ കാണുകയില്ല നമ്മളൊരാളെ ഒരു അഡ്വക്കേറ്റിനെ വെച്ച് അഡ്വക്കേറ്റ് വാദിക്കുമെന്നല്ലാതെ നമ്മുടെ പ്രായച്ചിത്വം കൂടെ അഡ്വക്കേറ്റാകുമോ ഇല്ല എന്നാൽ സ്വർഗത്തിലുള്ള കർത്താവ് പുത്രൻ തമ്പുരാൻ തൃത്വത്തിൽ രണ്ടാമൻ അവിടുന്ന് നമ്മുടെ അഡ്വക്കേറ്റുമാണ് നമ്മുടെ പ്രായ ചിത്തവുമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രായോഗിക തലത്തിൽ എങ്ങനെയായിരിക്കും നമ്മളൊരാൾ അറിയാതെ ഒരു പാപത്തിൽ വീണുപോയി നമ്മൾ ഉടനെ ഒന്ന് യോഹനാൻ ഒന്നാം അധ്യായം ഒൻപത് അനുസരിച്ച് നമ്മുടെ പാപങ്ങളെ പശ്ചാത്താപത്തോടെ ഏറ്റുപറയുന്നു ഏറ്റുപറയുമ്പോൾ പിതാവിൻ്റെ മുമ്പാകെ പുത്രൻ നമ്മളെ പ്രതിദാനം ചെയ്യുന്നു പുത്രൻ പിതാവിനോട് പറയുന്നു പിതാവ് അവനോട് ക്ഷമിക്ക് അവനോട് ക്ഷമിക്ക് അവനോട് ക്ഷമിക്കണം അപ്പോൾ പിതാവ് ന്യായാധിപതി എന്നുള്ള നിലയിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ക്ഷമിക്കണം അപ്പോൾ തന്നെ പുത്രൻ തന്നെ പറയുന്നു ഇതാ എൻ്റെ രക്തം പുത്രൻ തന്നെ ആ അഭിഭാഷകൻ തന്നെ ആ അഡ്വക്കേറ്റ് തന്നെ പ്രായച്ചിത്തവുമാണ് ഇതിന് ഞാൻ രണ്ടായിരം വർഷം മുമ്പ് കാൽവർ കൃഷിയിൽ പരിഹാരം വരുത്തി ഇതാ പ്രായച്ചിത്തം എന്ന് പറഞ്ഞ് ആ കാൽവറിക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തെ ചൂണ്ടിക്കാണിച്ചു കഴിയുമ്പോൾ പിന്നെ നീതിമാനായ ദൈവത്തിന് പിതാവിന് ക്ഷമിക്കാതിരിക്കാനൊക്കുകയില്ല ഒരു ടു ഇൻ വൺ ഒരു പ്രോ പ്രോസസ്സാണ് ഇവിടെ കാണുന്നത് അതായത് ഈ നമുക്ക് വേണ്ടി വാദിക്കുന്ന ആ തന്നെ നമ്മുടെ പ്രായച്ചിത്തവുമായിരിക്കും പ്രായച്ചിത്തവുമായിരിക്കും ഇവിടെ ശ്രദ്ധിച്ചോ അവിടെ രണ്ടാമത്തെ ആയോ അതിൻ്റെ രണ്ടാമത്തെ വാക്യം അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു സർവ്വലോകത്തിൻ്റെയും പാപത്തിനും തന്നെ അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട് പിതാവ് പിതാവ് എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത് അവിടെ ഒരാൾ പാപത്തിൽ വീണ് പോയി വിശ്വാസി ഒരാൾ പാപത്തിൽ വീണ് പോയി ഉടനെ പിതാവ് പുത്ര ബന്ധം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പിതാവ് എന്നുള്ളൊരു കൊച്ചു വാക്ക് വ്യക്തമാക്കുന്നത് പറഞ്ഞത് ശ്രദ്ധിച്ചോ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന ആ വലിയവനായ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കൽ ഉണ്ട് എന്നല്ല പറഞ്ഞേക്കുന്നത് മറിച്ച് എന്താ പറഞ്ഞേക്കുന്നത് എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് പിതാവിൻ്റെ അടുക്കൽ അപ്പോഴും പാപം ചെയ്തെങ്കിലും പാപത്തിൽ വീണു പോയെങ്കിലും നമ്മളും ദൈവവും തമ്മിലുള്ള പിതൃപുത്ര ബന്ധം അവിടെ എന്തായി പോയിട്ടില്ല നഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ പിതാവ് എന്ന വാക്കുപയോഗിക്കേണ്ടതില്ലായിരുന്നല്ലോ ഞാനാ പ്രിയപ്പെട്ടവരെ നമ്മുടെ ധൈര്യത്തിന് വേണ്ടി ആ ഈ അടിത്തറയെക്കുറിച്ചൊരു ബോധ്യമുണ്ടാകേണ്ടതിനു വേണ്ടി വളരെ ഈ ബൈബിളിലെ ഓരോ കൊച്ചു വാക്കുമെടുത്ത് പറയുകയാണ് യേശു ക്രിസ്തു അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ പേടിക്കേണ്ട ഈ അഡ്വക്കേറ്റ് പറഞ്ഞാൽ ഈ സ്വർഗത്തിലിരിക്കുന്ന ദൈവം അവിടുന്ന് ഭയങ്കര നീതിമാന അവിടുന്ന് കേൾക്കാതിരിക്കുമോ അവിടുന്ന് ഈ പ്രായച്ചിത്തം ഈ അഡ്വക്കേറ്റ് കാണിക്കുന്ന ഈ പ്രായച്ചിത്തം സ്വീകരിക്കുമോ എന്നൊന്നും പേടിക്കണ്ട കാരണം ആ സ്വർഗത്തിലിരിക്കുന്ന വലിയവനായ നീതിമാനായ ദൈവത്തെ ഇവിടെ എന്താ വിളിച്ചേക്കുന്നത് പിതാവ് ഫാദർ ഫാദർ ഒരു കുഞ്ഞ് കുഞ്ഞ് തെറ്റ് ചെയ്തിട്ട് അപ്പൻ്റെ അടുത്തേക്ക് ചെന്ന് പ ചെല്ലുമ്പോൾ അവന് ഉള്ളിൽ പേടിയുണ്ട് കാര്യം പിതാവ് വളരെ നീതിമാനാണ് പക്ഷേ എങ്കിലും ആ രക്തബന്ധം അവിടെ ഉണ്ട് അതിൻ്റെ അപ്പന എന്നുള്ളിൻ്റെ ഉള്ളിലൊരു ഉറപ്പും അവനുണ്ട് സഹോദര സഹോദരി ഞാൻ നീയും നമ്മുടെ ജീവിതത്തിൽ അറിയാതെ എന്തെങ്കിലും ഒരു കാര്യം വന്നാലും ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചെന്ന് പിതാവിനോട് പാപമേറ്റു പറയുന്നെങ്കിൽ അവിടുന്ന് ക്ഷമിക്കും കാര്യം അവിടുന്ന് നമ്മുടെ പിതാവാണ് പിതാവാണ് കണ്ടോ പിതാവ് അവിടുണ്ട് പുത്രൻ അവിടുണ്ട് പുത്രൻ എൻ്റെ പ്രായച്ചിത്വവും അവിടെയുണ്ട് ഭൂമിയിൽ നിന്ന് നമുക്ക് വേണ്ടി മറ്റൊരു അഡ്വക്കേറ്റുമുണ്ട് ത്രിയേക ദൈവം മുഴുവൻ നമുക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളെ പോലുള്ള സഭകളിൽ നമ്മുടേതു പോലുള്ള സഭകളിൽ എപ്പോഴും വരാവുന്ന ഒരു പ്രശ്നം നമ്മൾ വിശുദ്ധിയെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് പറയുന്ന ആളുകളാണ് എന്തുകൊണ്ടാണ് അങ്ങനെയാണ് ബൈബിളിൽ കാണുന്നത് നിങ്ങളെന്ത് വേണം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മേഷവും പോക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തേച്ച് കൊള്ളി രണ്ട് കോരിൻ്റെ ഏഴിൻ്റെ ഒന്ന് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ വെള്ളിയാഴ്ച വിശദമായിട്ട് ചിന്തിക്കുകയുണ്ടായി അപ്പോൾ നിരന്തരം നമ്മൾ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ആഹ്വാനം ദൈവസഭയിൽ മുഴങ്ങും അത് കേട്ടാണ് നമ്മുടെ ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും നമ്മുടെ ഇടയിൽ തന്നെ വളർന്നു വരുന്നു പക്ഷേ അങ്ങനെ വരുമ്പോൾ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേൾക്കുന്ന വിശുദ്ധിയുടെ വചനം ഒരു ഭാരമായി തീർന്ന് ഓ എനിക്കിനി രക്ഷയില്ല എനിക്കിനി രക്ഷയില്ല ഞാൻ എന്തെല്ലാം ശ്രമിച്ചിട്ടും ഈ വലിയവനായ ദൈവത്തെ എനിക്ക് തൃപ്തിപ്പെടുത്താൻ ഒക്കുകയില്ല വിശുദ്ധിയാണ് ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്നെക്കൊണ്ടാണെങ്കിൽ ഞാൻ എത്ര ശ്രമിച്ചിട്ടും ആത്മാർത്ഥമായിട്ട് നോക്കിയിട്ടും കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കണ്ടംനേഷനിൽ ഒരുതരം കുറ്റബോധത്തിൽ ഒരു നിരാശയിൽ ആളുകളെ തളച്ചിടാൻ പിശാജ് ഒരു ഉന്നം വയ്ക്കും പിശാജ് എപ്പോഴും പിശാജ് എപ്പോഴും ഓരോരുത്തും അവൻ തന്ത്രശാലിയാണെന്നാണല്ലോ പറയുന്നത് ഒരു ലോകത്തോടൊരു പറ്റുമാനമുള്ള ഒരു സഭയിലാണെങ്കിൽ അവൻ ഈ തന്ത്രമല്ല ഇറക്കുന്നത് അവനെന്തോ ചെയ്യും ഓ ഇതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും പാപത്തിൻ്റെ കാര്യങ്ങൾ ആളും അങ്ങനെയല്ലേ അങ്ങനെ ഇതൊക്കെ മനുഷ്യരല്ലേ എന്ന് പറയും അതേസമയം ആ ഒരു കാര്യം വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു സഭയിൽ അത് നടക്കുകയില്ലെന്ന് കണ്ടാൽ അവനെന്തോ ചെയ്യും ഓ വിശുദ്ധി തന്നെയാണ് നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് വിശുദ്ധിയാണ് വിശുദ്ധി ഇല്ലാതെ പറ്റുകയില്ല ദൈവം വളരെ വിശുദ്ധനാണ് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കേന എന്നാണ് ദൈവം പറഞ്ഞത് നിൻ്റെ ജീവിതത്തെ പക്ഷേ വൈശുദ്ധി ഉണ്ടോ ഇല്ല ഇല്ല ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ ഇല്ലായിരുന്നു മിനിഞ്ഞാന്നുണ്ടായിരുന്നു ഇല്ല ഇന്നുണ്ടോ ഇല്ല ചുരുക്കത്തി ഇന്നലെ ഇല്ല ഇന്നും ഇല്ല നാളെ ഇല്ല നിന്നെ കൊണ്ടൊന്നും ഇത് ഒക്കുകയില്ല ഇത് വളരെ വിശുദ്ധരായ ഇന്നാരി ഇന്നിന്നാർക്കൊക്കെ മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് പൊന്നും മോനെ നീ സമയം മെനക്കെടുത്താതെ വേറെ വല്ല കാര്യത്തിന് പോകും എന്നൊരു സജഷനാണ് ഇതുപോലെയുള്ള സഭകളിൽ ചെറുപ്പക്കാരിലും ഒക്കെയും പലപ്പോഴും പിശാചു കൊണ്ടുവരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു അടിത്തറ അടിത്തറ എപ്പോഴും ഉറപ്പിച്ചില്ലെങ്കിൽ എന്ത് പറ്റിപ്പോകും പിശാചു കൊണ്ടുവരുന്ന ഈ നിലയിലുള്ള അക്യൂസേഷൻ്റെ മുമ്പാകെ ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാർക്ക് മാത്രമല്ല വലിയവർക്കും വർഷങ്ങളായി ദൈവോചനം കേട്ടവർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയാതെ പോകും ഇതിനെയെല്ലാം റൈറ്റ് പേഴ്സ്പെക്റ്റീവേ നമ്മൾ കാണണം ശരിയായ കാഴ്ചപ്പാടേ നമ്മൾ കാണണം ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ മറ്റേ അടിത്തറ വിട്ടോണ്ടല്ലേ ഇത് കേൾക്കേണ്ടത് അയ്യോ ഞാൻ വിശ്വസത്തിനല്ല എനിക്കിനി ഒരു രക്ഷയും ഇല്ല എന്നല്ല മറിച്ച് എന്താ ഈ ഈ വാക്ക് നിങ്ങൾക്ക് ധൈര്യം തരട്ടെ ഒരുത്തൻ പാപത്തിൽ വീണ് പോയി എങ്കിലോ പിതാവ് അപ്പോഴും ആരാണ് ആ രക്തബന്ധം മാറിയില്ല പിതാവ് അവിടെയുണ്ട് പിതാവ് അവിടെയുണ്ട് ആ പിതാവുണ്ട് പിതാവിൻ്റെ അടുത്ത് കാര്യസ്ഥനുണ്ട് കാര്യസ്ഥൻ്റെ കയ്യിൽ ആ പ്രായ്ചിത്വമുണ്ട് നമുക്ക് വേണ്ടി ഭൂമിയിൽ നിന്ന് ആ നമ്മളെ സഹായിപ്പാൻ പരിശുദ്ധാത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥനുണ്ട് തൃത്വം മുഴുവൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടിയാണ് ഏത് നമുക്ക് വേണ്ടി വിശുദ്ധനായ നമുക്ക് വേണ്ടിയാണോ അല്ല പാപം ചേത്തിൽ വീണുപോയ നമ്മുടെ ഭാഗത്ത് നിൽക്കുന്നു ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആ മനസ്സിലാക്കണേ അങ്ങനെയാണ് ദൈവം ഈ കാര്യം വച്ചിരിക്കുന്നത് അതുകൊണ്ട് അനാഥനെപ്പോലെ എനിക്കിനി ഒരു സാധ്യതയില്ല എന്നുള്ള നിലയിലുള്ള പിശാചിൻ്റെ കുറ്റബോധങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കരുത് ചെവി കൊടുക്കരുത് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എനിക്ക് സ്വർഗത്തിൽ അഥവാ എനിക്കൊരു പാപം സംഭവിച്ചാൽ എനിക്ക് വേണ്ടി വാദിക്കാൻ സ്വർഗത്തിലൊരു കാര്യസ്ഥനുണ്ട് അവൻ തന്നെ എൻ്റെ പ്രായ ചിത്തം ഇവിടെ ഭൂമിയിലും എനിക്ക് മറ്റൊരു കാര്യസ്ഥനും ഉണ്ട് ഒരു അഭിഭാഷകനുണ്ട് ഒരു അഡ്വക്കേറ്റുണ്ട് തൃത്വം മുഴുവൻ എൻ്റെ ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളൊരു അടിത്തറയിൽ നമ്മൾ നിൽക്കണം ശരി ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ഈ നിങ്ങൾ വീട്ടിൽ പോയി യോഹന്നാൻ്റെ ലേഖനമൊക്കെ എടുത്ത് വായിക്കുമ്പം നമ്മൾ ഈ പറയുന്നതിന് വിരുദ്ധമായിട്ട് ചില വാക്യങ്ങളൊക്കെ ചിലപ്പം കാണും ഉദാഹരണത്തിന് ഒന്ന് യോഹ ഞാൻ മൂന്നാം അധ്യായം മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം നോക്കി മൂന്നാമത്തെ അധ്യായം ഒമ്പതാമത്തെ വാക്യം ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല എന്താ നമ്മൾ വായിച്ചത് ദൈവത്തിൽ നിന്ന് ഒരുത്തൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവനെന്തോ ചെയ്യാൻ ഒക്കുകയില്ല അവന് അവൻ പാപം ചെയ്യുന്നില്ല അപ്പം ഞാൻ പാപം ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്തുവാ ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതല്ല എന്നല്ലേ ആ ഓ പിന്നെ താഴോട്ട് വായിക്കുക നമ്മൾ ഉടനെ വിഷമിച്ച് താഴോട്ട് വായി അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല അയ്യോടാ അപ്പം ദൈവത്തിൽ നിന്നാണ് ജനനമെങ്കിൽ അവന് പാപം ചെയ്യാനും കഴിയുകയില്ല അവൻ ഒരു തരത്തിലും ഒരു പ ഒരു തരത്തിലും ആ നിലയിൽ അവന് ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണെങ്കിൽ ആരും അങ്ങനെയുള്ള ആരും പാപം ചെയ്യുന്നില്ല എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് നോക്കുമ്പോൾ എന്തോ കാണുന്നു എട്ടാമത്തെ വാക്യം പാപം ചെയ്യുന്നവൻ പിശാജിൻ്റെ മകനാകുന്നു കണ്ടോ അപ്പം ഇതിനെന്താ അർത്ഥം നമ്മൾ മുമ്പേ മുമ്പേ നിങ്ങൾക്ക് സത്യത്തിൽ എഴുന്നേറ്റ് നിന്ന് നമ്മളെപ്പോഴും ഒരു വൺ വേ ട്രാഫിക്ക് പോലെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ എനിക്ക് ചിലപ്പം ഒരു ഉത്കണ്ഠ തോന്നാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇടയ്ക്ക് നമുക്കൊരു ഡയലോഗ് പോലെ ഇടയ്ക്ക് വന്ന് ഒരാൾ എണ്ണീറ്റ് ബ്രേറെ മുമ്പേ അങ്ങനെയല്ലയോ പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയാണോ പറയുന്നത് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നെങ്കിലും നമുക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു ഒരു ഡയലോഗ് പോലെ ആയിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ നന്നായിരുന്നു ഞാൻ മുമ്പേ ഇത്രയും നേരം എടുത്ത് പറഞ്ഞതിന് വിരുദ്ധമായ വാക്യമല്ലേ ഇപ്പോൾ ഞാൻ വായിച്ചു കേൾപ്പിച്ചത് ഇതിനെന്താ പരിഹാരം ഇവിടെ എന്താ പറയുന്നത് അതേ ഓഹന്ന തന്നെ പറയുന്നത് എന്ത് പറയുന്നു നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല അപ്പോൾ ഇന്നൊരു ചെറുപ്പക്കാരനൊരു പാപത്തിൽ വീണ് പോയാൽ അവനെന്തോ കണ്ടെത്താം ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതല്ല ഞാനാരാ ഞാൻ പിശാചിൻ്റെ മകനാണ് പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാ ചുരുക്കത്തിൽ എനിക്ക് രക്ഷയില്ല എന്നൊരു കാര്യത്തിലേക്ക് വരരുതോ വരാം പക്ഷേ ഈ വാക്യങ്ങളെ നമ്മൾ ഗൗരവമായിട്ട് നോക്കുമ്പോൾ ഈ മലയാളത്തിലെ പഴയ നമ്മുടെ മലയാളം ബൈബിളാണ് ഞാൻ ഈ വായിച്ച് കേൾപ്പിച്ചത് ഈ പഴയ തർജിമയിൽ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ആ വിട്ടുപോയടത്താണ് ഇതിൻ്റെ പോയിൻറ്റ് കിടക്കുന്നത് അതായത് ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും നിരന്തരം പാപത്തിൽ ജീവിക്കുന്നില്ല അവൻ സിന്ന് അവൻ പാപം പ്രാക്ടീസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവൻ ഹാബിച്വലായിട്ട് പാപം ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം ഈ വാക്യം അബദ്ധത്തിൽ പാപത്തിൽ വീണു പോയ ഒരാൾക്കെതിരെയുള്ള വാക്യമല്ല ഇതാർക്കെതിരെയുള്ള വാക്യമാണ് രക്ഷിക്കപ്പെടാത്ത യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടാത്ത ഒരുവൻ പിന്നെയും പിന്നെയും പാപത്തിൽ ജീവിക്കുകയും അതിനെ അതിൽ മുഴുകി നിൽക്കുകയും ചെയ്യുന്ന ഒരുവൻ അവൻ്റെ ഒരു സ്വഭാവം പോലെ ഒരു ഹാബിറ്റ് പോലെ അവൻ അങ്ങ് പാപം ചെയ്യുക അവനാ പാപം അങ്ങ് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസിങ് സിങ് ഹാബിച്വൽസിൻ എന്നുള്ള മൂലഭാഷയിലെ വാക്കാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ മൂന്നിൻ്റെ ഒൻപതിൽ വിട്ടുപോയത് വിട്ടുപോയത് ആ വിട്ടുപോയത് കൊണ്ട് നമ്മളിപ്പം ഇത് വായിക്കുമ്പം ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല നമ്മളൊരു പാപത്തിൽ വീണു പോയാൽ നമ്മൾ വിചാരിക്കും അയ്യോ ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനല്ല മുമ്പേ ബ്രേർ പറഞ്ഞു പിതാവ് പുത്ര ബന്ധം മാറുന്നില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതുകൊണ്ട് ഇവിടെ മാറി അങ്ങനെ പേടിച്ചു പോകരുതോ പ്രിയപ്പെട്ടവർ പേടിച്ചു പോകാം പക്ഷേ ഇതിനെ അതിൻ്റെ റൈറ്റ് പേഴ്സ്പെക്റ്റീവേ മനസ്സിലാക്കണം ഇതെങ്ങനെയാണ് ഈ വാക്യം വേണ്ടത് പിതാവിൽ നിന്ന് ജനിച്ചവനാരും ആ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും സ്വാഭാവികമായിട്ട് പാപത്തിൽ തുടരുന്നില്ല അല്ലെങ്കിൽ പാപം അവന് പ്രാക്ടീസ് ചെയ്യുന്നില്ല അവനൊരു സ്വഭാവം പോലെ പാപം കൊണ്ടു നടക്കുന്നില്ല അല്ലെങ്കിൽ പാപത്തിൽ നിരന്തരം ജീവിക്കുന്നില്ല ഇത് രണ്ടും രണ്ടാണ് പാപത്തിൽ നിരന്തരം ജീവിക്കുന്നതും അറിയാതെ പാപത്തിലൊന്ന് വീണു പോകുന്നതും രണ്ടും രണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു ഒരു ഉദാഹരണം ഉദാഹരണങ്ങൾ ചിലപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കാൻ സഹായിക്കും നമ്മൾ പറയാറുള്ള ഒരു ഉദാഹരണം പന്നിയുടെ കഥയാണ് പന്നിയുടെ കഥ പന്നി എന്തു പന്നി ശ്രീമാൻ പന്നിയെ നമ്മൾ വിളിച്ച് രാവിലെ നമുക്കൊരു പന്നിയും ഒരു ആടും കൊണ്ടുവന്നിരിക്കട്ടെ നമ്മൾ പന്നിയെ വിളിച്ച് രാവിലെ കുളിപ്പിച്ച് മനോഹരനാക്കി സുന്ദരനാക്കി അവനെ അങ്ങോട്ട് വിട്ടാൽ അവനെന്തു ചെയ്യും അവനെവിടെ എവിടെയെങ്കിലും കുറച്ച് ചെളി കണ്ടാൽ അവൻ ആഹ ഇത് തന്നെ സ്ഥലം എന്ന് പറഞ്ഞാൽ ചെളിയിൽ ചാടി ചാടി അതിൽ മുഴുകി അതിൽ സന്തോഷിച്ച് അതിൻ്റെ അകത്ത് കിടക്കും ഇതാണ് രക്ഷിക്കപ്പെടാത്ത ഒരുവൻ്റെ രീതി പാപത്തിൽ ഹാബിച്വലായിട്ട് സിൻ ചെയ്യുന്ന ഒരുവൻ്റെ കാര്യം സിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുവൻ പന്നിയെപ്പോലാണ് അവന് ഇഷ്ടമേതാ പാപമാണ് അവന് ഇഷ്ടം ചെളിയാണ് അവന് ഇഷ്ടം എന്നാൽ നമ്മളീ പറഞ്ഞ വീട്ടുകാരന് വേറൊരു മൃഗമുണ്ട് അതെന്താ ആട് ആടിനെ രാവിലെ ഇദ്ദേഹം കുളിപ്പിച്ച് പുറത്തേക്ക് വിട്ടു ആട് പച്ചലയൊക്കെ തിന്ന് ചെളിയൊക്കെ കണ്ടെടുത്തു നിന്ന് ഇത്രയും അകന്നൊക്കെ നടന്നു പക്ഷേ പച്ചല തിന്നാനുള്ള ആ കൊതിക്ക് അങ്ങോട്ട് പോയപ്പോൾ കാലറിയാതെ ചെളിയിലെങ്ങാണ്ട് ചവിട്ടി ചെളി കുറച്ച് തെറിച്ച് അതിൻ്റെ വെളുത്ത രോമങ്ങളിൽ വീണു ആടെന്തോ ചെയ്യും ആടിനത് ഇഷ്ടമാണോ ആടിനത് ഇഷ്ടമല്ല പന്നിക്കായിരുന്നെങ്കിലോ പന്നി അത് എൻജോയ് ചെയ്യുമായിരുന്നു ആടെന്ത് ചെയ്യില്ല ആട് ആടിനത് ഇഷ്ടമല്ല തൻ്റെ വെളുത്ത ദേഹത്ത് ഈ ഈ ചെളി പെരണ്ടുന്നത് അതിന് ഇഷ്ടമല്ല അതിന് എപ്പോഴാ തൃപ്തിയാകുക ആ ചെളി എവിടെയെങ്കിലും ഒരച്ചോ നക്കിയോ അതില്ലാതാക്കി വീണ്ടും അത് പഴയതുപോലെ ആകുമ്പോഴേ ആടിനെന്തള്ളൂ ഒരു സ്വസ്ഥതയുള്ളു പ്രിയപ്പെട്ടവരെ വീണ്ടും ജനിച്ച ദൈവ പൈതൽ ഞാനും നീയും ആടിനെപ്പോല പന്നിയെപ്പോലെ ഇതിൽ നിരന്തരം ജീവിക്കുന്ന ഒരുവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനല്ലെന്നാ മൂന്നിൻ്റെ ഒന്നിൽ പറയുന്നത് അത് പന്നിക്കാണ് ആപ്ലിക്കബിൾ നീ ഞാനും ആടാണെങ്കിൽ നമ്മൾ പന്നിക്കുള്ള വചനം കണ്ടിട്ട് നമ്മളത് കണ്ട് പേടിച്ചു പോകേണ്ട കാര്യമില്ല എന്ന് എന്ന് പറയുന്നു എന്ന് പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു നമുക്ക് വളരെ വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വാക്യങ്ങളൂടെ നമുക്ക് നോക്കാം ഇവിടെ ഈ നമ്മൾ പുതിയ നിയമത്തിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെയും അത് അതിൻ്റെ നിഴലായിട്ട് പഴയ നിയമത്തിൽ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ പഴയ നിയമത്തിൽ തെറ്റിന് രണ്ട് യാഗങ്ങളുണ്ട് ഒരു യാഗമെന്ന് പറയുന്നത് പാപയാഗം എന്ന് പറയുന്നത് സിൻ ഓഫറിങ് എന്നാൽ രണ്ടാമതൊരു യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് ട്രസ്പാസേജ് സാക്രിഫൈസ് എന്ന് പറയുന്ന ട്രസ്പാസ് ഓഫറിങ് എന്ന് പറയുന്ന കാര്യമാണ് അതായത് അകൃത്യയാഗം എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യാം ലേവിയ നാലാം അധ്യായത്തിൽ ഏതിനെക്കുറിച്ച് പറയുന്നു പാപയാഗത്തെക്കുറിച്ച് പറയുന്നു ലേവിയ പുസ്തകം അഞ്ചാം അധ്യായത്തിലേതിനെക്കുറിച്ച് പറയുന്നു അകൃത്യയാഗത്തെക്കുറിച്ച് പറയുന്നു രണ്ടും പാപയാഗവും അകൃത്യാകവും രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട് പാപയാഗം ഏതിനാ പാപയാഗം എന്നു വെച്ചാൽ നമുക്കിങ്ങനെ പറയാം നമ്മളോടുള്ള കോണ്ടസ്റ്റിൽ നമ്മൾ പറഞ്ഞു വന്നതിനോട് ചേർത്ത് വളരെ ലളിതമായിട്ട് ഇങ്ങനെ പറയാം കർത്താവിനെ സ്വീകരിക്കാത്ത ഒരാൾ പാപിയായിരുന്ന ഒരാൾ കർത്താവിൻ്റെ ക്രൂശ്യമരണം കണ്ട് തന്നെ തന്നെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്ന ആദ്യത്തെ രംഗം രക്ഷിക്കപ്പെടുമ്പം അതെന്താ അവിടെ ഒരു പാപയാഗമായിട്ടാണ് യേശുവിനെ അവൻ എടുക്കുന്നത് എന്നാൽ അഞ്ചാം അധ്യായത്തിലോ ലേവി അപുസ്തം അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ എന്താ അവിടെ അകൃത്യയാഗമാണ് നേരത്തെ പാപയാഗം കഴിച്ച ഒരാൾ അയാൾ അബദ്ധവശാൽ പിന്നെയും ഒരു തെറ്റിൽ വീണുപോയാൽ ആ തെറ്റിന് പരിഹാരമായിട്ട് പിന്നെയും അവൻ എന്തോ ചെയ്യണം അവൻ യാഗം കഴിക്കണം അതാണ് അകൃത്യയാഗം ഇത് ഈ രണ്ട് യാഗങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിക്രൂശിൽ അത് പൂർത്തിയാക്കി കഴിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സഭയിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ ഈ പാവയാഗത്തിൻ്റെ പ്രയോജനം നമ്മൾ എടുത്തു ഇനിയും നമുക്ക് തെറ്റ് പറ്റുമ്പോൾ നമ്മൾ ഏതാ ഏത് യാഗമൊക്കെ കഴിക്കുന്നത് അകൃത്യയാഗവും അപ്പോഴും യാഗം കഴിക്കണം അപ്പോഴും പാവമേറ്റു പറയണം പക്ഷേ അത് അകൃത്യയാഗമാണ് ട്രസ്പാസ് ഓഫറിംഗ് ആണത് സിൻ ഓഫറിംഗ് ഈ യേശയ്യാവിൻ്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം നമുക്ക് നമ്മുടെ മുമ്പിൽ കർത്താവിൻ്റെ മേശ ഉണ്ടല്ലോ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിക്കാറുണ്ട് അവിടെ അവിടെ ഈ രണ്ട് ഓഫറിങ്ങുകളെ കുറിച്ച് സിൻ ഓഫറിങ്ങിനെ കുറിച്ചും അതുപോലെ ട്രസ്പാസ് ഓഫറിങ്ങിനെ കുറിച്ചും അവിടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പത്താമത്തെ വാക്യത്തിലാണ് സിന്ന ഓഫറിങ്ങിനെ കുറിച്ച് പറയുന്നത് പതിനൊന്നാമത്തെ വാക്യത്തിലാണ് ട്രസ്പാസ് ഓഫറിങ്ങിനെ കുറിച്ച് പക്ഷേ ഇവിടെയും മലയാളത്തിലെ ട്രാൻസ്ലേഷനിൽ ഒരു തെറ്റുണ്ട് ട്രാൻസ്ലേഷനിൽ തെറ്റുണ്ട് നമുക്ക് ആ നോക്കാം പത്താമത്തെ വാക്യാണ് ഏഷ്യാവ അമ്പത്തി മൂന്നിൻ്റെ പത്ത് എന്നാൽ അവനെ തകർത്ത് കളവാൻ അവനെ തകർത്ത് കളവാനെ ഹോവയ്ക്ക് ഇഷ്ടം തോന്നി അവൻ അവന് കഷ്ടം വരുത്തി അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് ഇവിടെ അകൃത്യയാഗം എന്നല്ലായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് മരിച്ചെന്തായിരുന്നു പാപയാഗം എന്നായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ഇംഗ്ലീഷിൽ അങ്ങനെയാണ് സിൻ ഓഫറിങ് ആണ് കാരണം അതെന്താ രക്ഷിക്കപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദൈവത്തിൻ്റെ മകനായിത്തീരുന്ന ആ കാര്യമാണ് പത്താമത്തെ വാക്യത്തിൽ പറയുന്നത് അൻപത്തിമൂന്നിൻ്റെ പത്ത് അവിടെ സിൻ ഓഫറിങ്ങിനെ കുറിച്ച് പറയും എന്നാൽ പതിനൊന്നാമത്തെ വാക്യത്തിലോ അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും നീതീകരിക്കപ്പെട്ട ദൈവമകൻ്റെ കാര്യം തുടർന്ന് പറയുന്നു അവനെന്താ അവനെ അവനെ നീതികരിക്കും അവരുടെ അകൃത്യങ്ങളെ ആ നീതീകരിക്കപ്പെട്ടവനും എന്ത് പറ്റാം അകൃത്യം സംഭവിക്കാം ഒരു ട്രസ് പാസ് എന്നു വെച്ചാൽ ഇതിലേ നടക്കാവൂ എന്ന് പറഞ്ഞിട്ട് നമ്മളറിയാതെ നടക്കരുതാത്ത ഒരു വഴിയിൽ ചുവട് വെച്ചു ചുവട് വെച്ചപ്പോൾ അയ്യോ ഞാൻ ചുവട് വെച്ച് പോയില്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പശ്ചാത്തലപിച്ച് ക കാലിങ്ങ് മാറ്റിയെങ്കിലും അങ്ങനെ ട്രസ് പാസ് ചെയ്തതിന് എന്ത് വേണം ട്രസ് ഓഫറിങ് വേണം അതാണ് ഒന്നിയോ ഹനാൻ ഒൻപതാം ഒന്നാം അധ്യായം അതിൻ്റെ ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത് ഒരു പാപത്തെ ഏറ്റുപറ ഏറ്റു പറഞ്ഞ് അങ്ങനെ ഒരു അകൃത്യയാഗവും നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ രണ്ട് നോക്ക് പഴയ നിയമത്തെ ദൈവത്തിനാകെപ്പാടെ ഒരു തെറ്റുപറ്റിയാൽ ഒരു സിന്നോഫറിങ് വെച്ചാൽ പോരായിരുന്നു പാവയാഗം വെച്ചാൽ പോരായിരുന്നു എന്തിനകൃത്യാഗം കൂടെ വെച്ചത് സഹോദര എൻ്റെയും നിൻ്റെയും പ്രശ്നങ്ങൾ അറിയാവുന്നതുകൊണ്ട് ദൈവം നോക്കുക എത്ര മുൻകൂട്ടി ഈ കാര്യങ്ങളെ പഴയ നിയമകാലത്ത് പോലും തെറ്റുപറ്റുന്നവന് രണ്ട് യാഗങ്ങൾ വെച്ച് സിന്ന ഓഫറിങ്ങും പാവയാഗവും അഗർത്യ യാഗം അതിന്റെ വാക്കുകളെ തന്നെ മലയാളത്തിൽ അത്രത്തോളം വ്യക്തമല്ല ഇംഗ്ലീഷിൽ വളരെ വ്യക്തമാണ് sin offering trespass offering ഈ രണ്ട് യാഗങ്ങളും വെച്ചത എന്താ നമ്മളെ കാണിക്കുന്നത് എന്താ നമുക്ക് വിശ്വസിച്ച ഒരാൾ കർത്താവിന്റെ മകനായ ഒരാൾ അവൻ ഒരു തെറ്റ് വന്നാലും എന്താ അവനെ ഒരു യാഗമുണ്ട് കാൽവരി ക്രൂശിൽ കർത്താവ് അതും പൂർത്തിയാക്കി it is finished നമുക്ക് വേണ്ട ഈ പാപം സംബന്ധിച്ചുള്ള എല്ലാ കാര്യവും കർത്താവ് കാൽവെർ ക്രൂശിൽ എന്തു ചെയ്തു പൂർത്തിയാക്കി അതുകൊണ്ട് ധൈര്യത്തോടെ ധൈര്യത്തോടെ സന്തോഷത്തോടെ നമുക്കിന്നായിരിക്കാം ദൈവം ഈ കാര്യത്തിന് ക്രമീകരണം വരുത്തി കഴിയും ഒരു വാക്യം ഒരു ഭാഗം കൂടെ നമ്മൾ വായിച്ചു വന്നിടത്തു എന്ന് നമുക്കൊരു ഭാഗം കൂടെ ചിന്തിച്ച് ചിന്തിക്കാം ഒന്ന് യോഹനാലിലേക്ക് മടങ്ങി വരുമ്പോൾ മടങ്ങി വരുമ്പോൾ അതിൻ്റെ ഒന്നാമധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണേ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു നമ്മുടെ പാപം നമുക്കൊരു പാപം സംഭവിച്ചാൽ അതിൻ്റെ അകത്ത് രണ്ട് പ്രശ്നമുണ്ട് രണ്ട് പ്രശ്നമെന്ന് പറയുന്നത് ഒന്ന് ആ പാപം ദൈവം എന്തോ ചെയ്യണം നമ്മൾ ഏറ്റു പറയുമ്പോൾ നമ്മളോട് ക്ഷമിക്കണം ക്ഷമിക്കണം രണ്ടെന്ന് പറയുന്നത് പാപത്തെ സിന്നിനെ ദൈവം ഫൊർഗീവ് ചെയ്യണം പക്ഷേ അനീതിയെ എന്തോ ചെയ്യണം അനീതിയെ ദൈവം കഴുകണം ശ്രദ്ധിക്കണേ രണ്ട് കാര്യങ്ങൾ അവിടെ വരുന്നത് ഒരു പാപം നമ്മുടെ ജീവിതത്തിൽ വരുമ്പം ആ പാപം ആ പാപം ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ട കൂലിയുണ്ട് ആ കൂലി നമുക്ക് തരാതെ ദൈവം അത് ക്ഷമിക്കണം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ ദൈവം എന്തോ ചെയ്യും നമ്മുടെ ആ പാപത്തെ ക്ഷമിക്കും ക്ഷമിക്കുക മാത്രമല്ല നമ്മളൊരു പാപം ചെയ്യുമ്പോൾ ആ പാപത്തിൻ്റെ കുറ്റം ദൈവം ക്ഷമിച്ച് തരിക മാത്രമല്ല പാപം തമ്മിലൊരു ഒരു ഒരു പ്രശ്നം വരുത്തും എന്താണെന്ന് വെച്ചാൽ ചില ഉടുപ്പേലൊക്കെ ചിലപ്പം കറയൊക്കെ വീണ് കഴിഞ്ഞ് നമ്മളതെല്ലാം കഴുകിയെല്ലാം കഴിഞ്ഞു കഴുകിയൊക്കെ കഴിഞ്ഞാലും പിന്നെയും ആ ഇത് വീണത് എല്ലാം പോയി പക്ഷെ പിന്നെയും നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ എന്തുകൊണ്ട് അവിടെ ഇത് വീണെടുത്തൊരു കറയുണ്ട് ഒരു പാടുണ്ട് പാടുണ്ട് നമ്മൾ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരനായിട്ട് വരുമ്പോൾ ആ നീ ശരിക്കും കഴുകിയില്ലായിരുന്നു ആ ഞാൻ കഴുകിയതാ പക്ഷെ അതിൻ്റെ പാടവിടുണ്ട് അതിൻ്റെ ആ ഫൈബറിലേക്ക് ആ ഉടുപ്പിൻ്റെ ഫൈബറിലേക്ക് അതിൻ്റെ ആ ഓരോ നൂലയിലേക്കും എന്ത് വന്നു ഈ കറ ആഴ്ന്നിറങ്ങി ആ കറയെ ഒരു പാടായിട്ട് അവശേഷിക്കും പ്രിയ സഹോദര സഹോദരി വിശ്വാസിയായ ഞാനും നീയും ഒരു പാപം ചെയ്താൽ പാപം കർത്താവ് ക്ഷമിക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ക്ഷമ മാത്രം പോരാ അത് ഈ പാടോടില്ലാതെ കഴുകി കിട്ടിയാലേ നമുക്കൊരു തൃപ്തിയുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും ഈ പാടുള്ളതുപോലെ നമുക്ക് തോന്നും ഇതിനെയാണ് രണ്ട് കാര്യങ്ങളവിടെ പറയുന്നത് പാപങ്ങളുമുണ്ട് അൺറൈഷസ്നെസ്സും ഉണ്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ അവൻ പാപങ്ങളെ ക്ഷമിക്കും മറിച്ച് അൺറൈഷസ്നെസ് അനീതിയെ ദൈവം എന്തോ ചെയ്യും അനീതിയാണ് ആ പാട് പാപമെന്ന് പറയുന്നത് ആ വീണ ആ സാധനമാണ് അത് കഴുകിക്കളഞ്ഞു അത് ക്ഷമിച്ചു പക്ഷേ ആ പാടുണ്ടല്ലോ ആ പാട് ആ അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും യേശുവിൻ്റെ രക്തം ചെയ്യുന്ന ആ ഒരു കാര്യമാണ് ഈ ഒരു ശുദ്ധീകരണം നോക്ക പാപം നമുക്ക് വന്നാൽ അതിനുള്ള എല്ലാ സാധ്യതകളും എല്ലാ പോംവഴികളും ഈ വാക്യത്തിൽ ദൈവം വെച്ചിരിക്കുക നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും അതുപോലെ തന്നെ അതിൻ്റെ പാടും ദൈവം എന്തോ ചെയ്യും അതിൻ്റെ പാടും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഇല്ലാതാക്കാൻ കഴിയും ഇത് ദൈവവചനവും ഈ ദൈവവചനത്തെ വിശ്വസിക്കുക സഹോദര സഹോദരി നമ്മൾ പലപ്പോഴും പാവങ്ങളെ ഏറ്റു പറയുമ്പോഴും ഏറ്റുപറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പം നമുക്ക് പിന്നെയും ഒരു ഒരു തൃപ്തിയില്ല തൃപ്തിയില്ല എന്താ തൃപ്തിയില്ലാതെ കഴിഞ്ഞൊരു ദിവസം ഒരു സഹോദരം വന്ന് പറയും വേറെ ക്ഷമിച്ചോ അത് ക്ഷമിച്ചോ വിട്ടോ ഓ എൻ്റെ പൊന്ന് സഹോദര ക്ഷമിച്ചു ദൈവം വാക്ക് പറഞ്ഞിട്ട് മാറുമോ ദൈവം പറഞ്ഞിട്ടില്ലേ ഏറ്റു പറയുന്നത് ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ട് ആ എന്നാലും എനിക്കങ്ങനെ തോന്നുന്നില്ല അപ്പം നീ എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ തോന്നലാണോ ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യം ഞാൻ പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറവാനെനിക്ക് മടിയില്ല കാരണം നമ്മൾ നമ്മുടെ തോന്നലിലോ വികാരത്തിലോ ജീവിക്കാൻ ക്രിസ്തീയ ജീവിതം ജീവിച്ചാൽ പിശാജ് നമ്മളെ എപ്പോൾ തോപ്പിച്ചു എന്ന് ചോദിച്ചാൽ മതി മറിച്ച് എന്തില്ല നമ്മൾ ജീവിക്കേണ്ടത് ദൈവവചനം അത് മാത്രമാണ് ശരി ദൈവവചനം എന്തോ പറഞ്ഞിരിക്കുന്നു നീ ചെന്ന് ഏറ്റു പറഞ്ഞാൽ ആ പാവം ക്ഷമിക്കുക മാത്രമല്ല ആ പാപത്തിന്റെ ഫലമായിട്ടുണ്ടായ അൺറൈഷനെസ്സിന്റെ പാടുണ്ടല്ലോ ആ പാടുമെന്തോ ചെയ്ത് ചെയ്യും അവൻ്റെ രക്തം അത് ഇല്ലാതാക്കും അത് കഴുകി പോക്കി ശുദ്ധീകരിക്കും എന്ന് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അതേപോലെ എടുക്കുക എന്നിട്ട് ദൈവത്തിന് നന്ദി പറയുക ദൈവമേ നന്ദി നന്ദി കർത്താവി എന്ന് പറയുക അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ഒത്തിരി കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് പറയാനുണ്ട് നമുക്ക് സമയമില്ലല്ലോ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം പ്രിയപ്പെട്ടവരെ പിശാജ് പലപ്പോഴും കർത്താവ് ക്ഷമിച്ച് തന്ന പാവത്തെ പോലും അവൻ ക്ഷമിച്ചില്ല എന്നുള്ള നിലയിൽ പർവ്വതീകരിച്ച് കാണിക്കുമ്പോൾ നമ്മൾ ഈ വാക്യത്തിലേക്ക് വരണം നമ്മുടെ പാവങ്ങളെ ഏറ്റു പറഞ്ഞു എനിക്ക് ചെയ്യാൻ അത്രയും ഒക്കെയുള്ളൂ പാവങ്ങളെ പറഞ്ഞു ക്രമീകരിക്കേണ്ട വല്ല കാര്യങ്ങളാണെങ്കിൽ ഞാൻ ക്രമീകരിച്ചു കൊടുത്തു വീട്ടേണ്ടതാണെങ്കിൽ കൊടുത്തു വീട്ടി ഈ കാര്യങ്ങൾ ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ എന്തോ ചെയ്യും ഒന്ന് പാപത്തിൻ്റെ ആ കുറ്റം ദൈവം എന്തോ ചെയ്യും ക്ഷമിച്ച് തരും രണ്ട് അതിൻ്റെ ഒരു പാടുണ്ടെങ്കിൽ അതിൻ്റെ അനീതി മൂലം എന്നിൽ ഒരു കറ പറ്റിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കറയും യേശുവിൻ്റെ രക്തത്തിന് എന്ത് ചെയ്യാൻ കഴിയും മായ്ച്ചു കളയാൻ കഴിയും ശുദ്ധീകരിപ്പാൻ കഴിയും അങ്ങനെ കഴിയത്തക്കോണം അവിടുന്ന് വിശ്വസ്തനും നീതിമാനുമാകുന്നു അവിടുന്ന് വിശ്വസ്തന കാരണം ഈ ഇങ്ങനെ ഉള്ളതിന് വേണ്ടി തൻ്റെ പുത്രൻ തന്നെ എന്ത് ചെയ്തു കഴിഞ്ഞു തൻ്റെ കാൽവറിക്കൃശിയിൽ ഇതിന് പരിഹാരം വരുത്തി കഴിഞ്ഞു ആ പരിഹാരം കണ്ട് അവനെ പൂർണ്ണമായിട്ട് ഈ പാപത്തിൽ നിന്ന് അവനെ കഴുകി ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ ദൈവം ആരല്ല വിശ്വസ്തനും നീതിമാനുമല്ലെന്നാണ് അവിടെ പറയുന്നത് ദൈവം വിശ്വസനും നീതിമാനുമാണ് അതുകൊണ്ട് എന്തോ ചെയ്യുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ രക്തത്തിൽ പിന്നിൽ നമ്മൾ അഭയം തേടി നമ്മൾ തെറ്റേറ്റ് പറയുന്ന നിമിഷം തന്നെ അവിടെ നിന്ന് എന്തോ ചെയ്യും അത് ക്ഷമിക്കുകയും അതിൻ്റെ പാടൂടെ ഇല്ലാതാക്കത്തക്കവണ്ണം അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്യും ഇങ്ങനെ രണ്ടായിട്ട് കണ്ടോ നമുക്ക് വരാവുന്ന പ്രശ്നങ്ങളെല്ലാം തമ്പുരാൻ അറിയാം അതുകൊണ്ട് തമ്പുരാൻ ഇതിനെല്ലാം പോകുമ്പഴിയുണ്ട് ഈ പോംവഴി നമ്മൾ വേണ്ടതുപോലെ കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്യാത്തതാണ് നമ്മിൽ പലരുടെയും പ്രശ്നം ചെറുപ്പക്കാരിൽ പലരുടെയും പ്രശ്നം ഒരു ചെറുപ്പക്കാരൻ്റെ കഥ ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ളത് ആവർത്തിക്കാൻ എനിക്ക് മടിയില്ല ചെറുപ്പക്കാരൻ ഒരാൾ ചെറുപ്പക്കാരൻ ഒരാൾ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിതുപോലൊരു സഭയെ വന്നു സഭയെ വന്നപ്പം അവനോട് പറഞ്ഞു മക്കളെ കുഞ്ഞേ നീ വിശുദ്ധനായിട്ട് ജീവിക്കണം അവൻ വിശുദ്ധനാകിയാൽ നമ്മളും വിശുദ്ധനായിരിക്കും ഓക്കെ ഓക്കെ അങ്ങനെയൊക്കെ അവൻ ജീവിക്കാനായിട്ട് വന്നു ഒരു സുപ്രഭാതത്തിൽ സുപ്രഭാതം എന്നല്ല പറയേണ്ടത് ദുഷ്പ്രഭാതത്തിൽ അവനൊരു തെറ്റു വന്നു ഒരു തെറ്റു വന്നു തെറ്റു വന്നു തെറ്റുവന്നപ്പോൾ ഇനി എന്താ ചെയ്യേണ്ട തെറ്റു വന്നപ്പോൾ അതാ സഭയിൽ പിന്നെയും കേൾക്കുന്നു ഓ നീ വിശ്വാസിയാണെങ്കിൽ നിൻ്റെ പാപം ദൈവം ക്ഷമിക്കും അതിൻ്റെ പാടുകൂടെ മായ്ച്ചു കളയും ഒന്നിയോഹനാൻ ഒന്നിൻ്റെ ഏഴ് ഒമ്പത് വായിക്കുക എന്നൊക്കെ ഇതുപോലെ ഒരു പ്രസംഗം കിട്ടും സന്തോഷമായി അവന് വീട്ടിൽ ചെന്നു ഈ ഒരു പോംവഴിയില്ലാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പോംവഴി ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് കേട്ടത് എന്താ നമ്മുടെ പാവങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ നമുക്കൊരു കാര്യസ്ഥനുണ്ട് അവൻ തന്നെ നമ്മുടെ പ്രായചിത്വമോ അവൻ പിതാവിനോട് എന്നെല്ലാം പറഞ്ഞ് നോക്ക് തൃത്വം മുഴുവൻ നിനക്ക് വേണ്ടിയാണ് മക്കളെ എന്നെല്ലാം കേട്ട് അവൻ സന്തോഷമായിട്ട് ചെന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് കർത്താവിനോട് പറഞ്ഞ കർത്താവേ എനിക്ക് തെറ്റുപറ്റി പിന്നെയും ഇങ്ങനെ സംഭവിച്ചു ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായിട്ടും എനിക്കൊരു ന്യായീകരണമില്ല അവൻ അവൻ്റെ തെറ്റായി ഏറ്റു പറഞ്ഞു യഥാർത്ഥത്തിൽ അവൻ ക്ഷമ ചോദിച്ചു ദൈവത്തോട് മാത്രമുള്ള ഒരു കാര്യമായതുകൊണ്ട് മറ്റാരോടും അത് പറയേണ്ടതായിട്ടില്ല ആ കാര്യം അവൻ ക്രമീകരിച്ചു ക്രമീകരിച്ചു അവൻ പിന്നെ ലൈറ്റ് അണച്ച് ഉറങ്ങാനായിട്ട് കിടന്നു ഉറങ്ങാൻ കഴിഞ്ഞാൽ കിടന്നപ്പം പെട്ടെന്ന് ഉറക്കം വരുന്നില്ല മനസ്സിലൊരു ചിന്ത വരിക നീയെ നീയെന്താ ചെയ്തേ നീയെ കർത്താവിനോട് ക്ഷമ ചോദിച്ചു ഇതാണെങ്കിൽ നല്ല സൗകര്യമാണല്ലോ ഓരോ നിൻ്റെ അത്രയും അഭ്യാസിയും അടവും പഠിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല മനസ്സിൽ അവന് തന്നെ കുറ്റബോധം വരിക നീ നല്ല ഒരു പോം വഴി കണ്ടുപിടിച്ചു ഓരോ തവണയും തെറ്റ് ചെയ്യുക കർത്താവിനോട് ചെന്ന് ക്ഷമ പറയുക കർത്താവ് എന്തോ ചെയ്തോളും പാവം കർത്താവ് ഏഹ് മനസ്സിൽ വരിക പാവം കർത്താവ് എന്തോ ചെയ്തോളും എൻ്റെ പാവം ക്ഷമിക്കുകയും ചെയ്യും പിന്നെ അത് ഒട്ടും നല്ല സൗകര്യം ഏ നീ അടവുകാരനും അഭ്യാസിയുമാണ് ഇങ്ങനെയുള്ള നിൻ്റെ അടവോ അഭ്യാസവും ഒക്കെ തമ്പുരാനറിയാം അതുകൊണ്ട് ദൈവം എന്തു ചെയ്തിട്ടില്ല നിൻ്റെ പാവം നീ ഏറ്റു പറഞ്ഞെങ്കിലും ക്ഷമിച്ചിട്ടില്ല എന്നൊരു തോന്നൽ വരിക തോന്നൽ വന്നപ്പോൾ എന്തോ ചെയ്യുന്നു എന്താ പോകഴേ നിൽക്കാർക്കെങ്കിലും ഇങ്ങനെ തോന്നലുണ്ടാകാറുണ്ടോ അതോ ഞാനിതെല്ലാം സങ്കല്പിച്ച് പറയുന്നതാണ് ഏ എനിക്ക് ചിലപ്പം അങ്ങനെ തോന്നിയിട്ടുണ്ട് ഓ പിശാജെന്നൊരാളുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു യാഥാർത്ഥ്യമാത് അവൻ പല സജഷൻസ് കൊണ്ടുവരും അവൻ പല തോന്നലുകൾ കൊണ്ടുവരും അവൻ പുറത്തുനിന്ന് തീയമ്പുകൾ നമുക്ക് നേരെ കൊണ്ടുവരും ചില ചിന്തകൾ പോലെയാണ് വരുന്നത് ശരിയല്ലേ നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മുടെ സത്യസന്ധതയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അവൻ അവനൊരു നീതിമാനെ പോലെ ദൈവത്തിന് വേണ്ടിയൊക്കെ വാദിച്ചു കളി നമ്മൾ കാര്യങ്ങൾ അതിൻ്റെ ശരിയായ നിലയിൽ കാണും ഈ ചെറുപ്പക്കാരനെന്ത് ചെയ്തു പിശാജിൻ്റെ ഈ നിലയിലുള്ള കുറ്റബോധം കേട്ടപ്പോൾ അവന് അവന് പ്രശ്നമായി അവൻ എണ്ണീറ്റു ഇനി ശരിയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അപ്പം പിന്നെ അവന് ബൈബിളെടുത്ത് പിന്നെയും ഒന്ന് യോഹന്യാനൊന്നിൻ്റെ ഏഴ് മുതൽ ഒമ്പത് വരെ വായിച്ചു വായിച്ചപ്പം വീണ്ടും സന്തോഷമായി നീ പാവങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ ഓ രണ്ടാമധ്യായം അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങളും വായിച്ചു പാവങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ ഒരു കാര്യസ്ഥനവിടെ ഉണ്ട് ഏഹ് കുഞ്ഞുങ്ങളെ പാവം ചെയ്യാതിരിപ്പാൻ ഇത് പറയുന്നു ഇതൊക്കെ പറയുന്ന ആ ആള് തന്നെ തന്നെ ഒഴിവാക്കിയിട്ടില്ല യോഹനാനെ യോഹന്നാനാണ് ഇത് പറയുന്നത് പക്ഷേ പ്രിയപ്പെട്ട് ആ യോഹന്നാൻ പറയുന്ന ആ ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ കൊച്ചു വാക്കുകളാണ് പക്ഷെ അത് ശ്രദ്ധിക്കുന്നത് കൊള്ളാം സ യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അപ്പൊ യോഹന്നാൻ ഈ പ്രശ്നമുണ്ടോ നമ്മളൊരു നമ്മളാണ് ഇത് എഴുതുന്നതെങ്കിൽ നമ്മളെന്തോ പറഞ്ഞേനേ സകല പാവവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും ഞാൻ ഇതിനൊക്കെ ഒരു അതീതനാണ് എന്നുള്ള മട്ടി നമ്മൾ നിന്നേനും പക്ഷെ യോഹന്നാൻ എന്താ യോഹൻ ഞാൻ വളരെ ഡൗൺ ടു എർത്ത് യോഹൻ ഞാൻ തൻ്റെ തൻ്റെ സ്വഭാവത്തിൻ്റെ കുഴപ്പങ്ങളും യോഹൻ ഞാൻ അറിയാം യോഹൻ ഞാൻ അത് അതുകൊണ്ട് പറയുന്നു നമ്മെ ശുദ്ധീകരിക്കുന്നു യോഹൻ ഞാൻ തന്നെ ഒഴിവാക്കിയിട്ടില്ല എനിക്കൊരു തെറ്റ് പറ്റിയാലും എന്തേ ഉള്ളൂ യേശുവിൻ്റെ രക്തം അല്ലാതെ ഞാൻ തെറ്റിനതീതനായിട്ടല്ല നിൽക്കുന്നത് ഈ ഭാഗമല്ല ഈ കുഞ്ഞ് വീണ്ടും വായിച്ചു വീണ്ടും വായിച്ച ഇപ്പം തൃപ്തിയായി അവൻ പറഞ്ഞു കർത്താവെ പാവൻ ക്ഷമിച്ചതിനായിട്ട് നന്ദി എന്ന് പറഞ്ഞ് ലൈറ്റ് ഓഫാക്കി പിന്നെയും കിടന്നു കിടന്നു കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പം പിന്നെയും ഇതേ തോന്നൽ തന്നെ വരിക ആ അങ്ങനെ ക്ഷമിക്കാൻ ഒക്കോ അങ്ങനെ ക്ഷമിക്കാൻ ഒക്കുവോ അപ്പോൾ അവൻ എന്ത് ചെയ്തു അവൻ എഴുന്നേറ്റ ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ടിട്ട് ഈ ഒന്ന് യോഹന്യൻ ഒന്നാം അധ്യായം അത് ബൈബിള് അവൻ്റെ സ്റ്റഡി ടേബിളിൽ തുറന്നു വെച്ചു തുറന്നു വെച്ചിട്ട് ഇത്രയും നേരം കർത്താവിനോടായിരുന്നു പ്രാർത്ഥിച്ചത് ഇപ്പം അവനൊരു കാര്യം ചെയ്തു പിശാജി അവൻ പിശാജിനെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി പിശാജി വേണ്ട ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ ഏഴ് മുതൽ ഒമ്പത് വരെ പ്രത്യേകിച്ചും രണ്ടാമധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നു പാവങ്ങളെ ഏറ്റു പറഞ്ഞാൽ അവൻ ക്ഷമിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഞാനിത് വായിച്ചു എനിക്കീ കാര്യത്തിൽ എൻ്റെ പാപം കർത്താവ് ക്ഷമിച്ചു എന്നുള്ളതിന് എനിക്കൊരു സംശയവുമില്ല നിനക്ക് വല്ല സംശയം ഞാൻ ഈ ബൈബിൾ ഇവിടെ തുറന്നു വെച്ചേക്കുക നീ വന്ന് ഇത് വായിച്ചു നോക്കിയെച്ച് മിണ്ടാതെ പൊക്കോണം എന്നെ ആവശ്യമില്ലാതെ ശല്യപ്പെടുത്തരുത് അതുകൊണ്ട് ബൈബിൾ ഞാനിത് അവിടെ തുറന്നു വച്ചേക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ഉറങ്ങി ഇതാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ മീറ്റിങ്ങിൽ പറയാറുള്ള കഥ പ്രിയപ്പെട്ടവർ വലിയവർക്കും ഈ കഥ പ്രസക്തമാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഒരു സഹോദരന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുമായിരുന്നു ഞാൻ ബ്രദറെ എനിക്ക് കർത്താവിനോടൊക്കെ പറഞ്ഞിട്ടും അത് കർത്താവ് ഇത്രയും ഞാൻ കർത്താവ് ക്ഷമിച്ചോ അതുകൊണ്ട് എപ്പോഴും എൻ്റെ മനസ്സിൽ വരിക എൻ്റെ മനസ്സിൽ വരിക ഓ നീ ഇനക്ക് ഇനി നിന്നെക്കൊണ്ട് രക്ഷയില്ല ഇനി നിനക്ക് രക്ഷയില്ല നീ മരിച്ചു കളകാം മരിച്ചു കളാം ആ തോന്നലങ്ങ് പിന്നെയും പിന്നെയും വരിക രാവിലെ തോന്നും ഉച്ചയാകുമ്പോൾ തോന്നും എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഈ വലിയ വിശുദ്ധിയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് ഇത്രയും സഭയിലൊക്കെ വന്നിട്ടും ഇപ്പോഴും അപ്പം ഞാൻ ഈ സഹോദരനോട് പറഞ്ഞ പൊന്നു സമോര നീ ഈ കാര്യം ഏറ്റു പറഞ്ഞില്ലേ ഏറ്റു പറഞ്ഞു ഏറ്റു പറഞ്ഞു എന്നാലും എൻ്റെ മനസ്സിൽ തോന്നുക ഇനി നിനക്ക് രക്ഷയില്ല അങ്ങ് മരിച്ചു കളയാം അപ്പം ഞാൻ എന്തു ചെയ്തു ഞാൻ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം എടുത്തു നൂറ്റിപ്പതിനെട്ടാം സങ്കീർത്തനം ഏഹ് ചില ആളുകൾ വന്ന് ചില അസുഖമൊക്കെ ഡോക്ടറോട് പറയും ഡോക്ടറെ എനിക്ക് തലവേദനയെ അവിടെ പനിയായിട്ട് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പെട്ടെന്ന് ഒരു കടലാസ് എടുത്ത് ഒരു കുറിപ്പടി അസറ്റോൾ എന്നൊരു പേരെഴുതി കൊടുക്കുന്ന പോലെ ഞാനുടനെ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം പതിനേഴ് നൂറ്റി പതിനെട്ടിൻ്റെ പതിനേഴ് എന്നെഴുതി കൊടുത്തു ഇത് ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മൂന്ന് നേരം സേവിച്ചാൽ മതി നിൻ്റെ കാര്യം ശരിയാകും എന്ന് പറഞ്ഞ് ആ കുറിപ്പടിയും കൊടുത്തു എന്താ നൂറ്റി പതിനെട്ടിൻ്റെ പതിനേഴിൽ പറഞ്ഞേക്കുന്നത് ദിവസവും രാവിലെ എണ്ണീറ്റ് നൂറ്റി പതിനെട്ടിൻ്റെ പതിനേഴ് ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവനോടെ ഇരുന്ന് യഹോയുടെ പ്രവർത്തികളെ വർണ്ണിക്കും രാവിലെ ഒരു മൂന്ന് നേരം ഈ കാര്യം ഏറ്റു പറയുക ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുമ്പ് മൂന്ന് നേരം ഇത് പറയുക രാത്രി കിടക്കുന്നതിന് മുമ്പ് വെള്ളം കുടിച്ചേച്ച് ഇത് പറയുക ഞാൻ തമാശയാക്കി പറഞ്ഞെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം ദൈവവചനം ഈ നിലയിൽ നമുക്ക് തുറന്ന് കിട്ടിയിരിക്കുമ്പോൾ പിശാജ് നമ്മളെ കൊണ്ടുവന്ന് ആ നമ്മുടെ ജീവിതത്തെ എറിഞ്ഞുടച്ച് കളയത്തക്കവണ്ണം നമ്മളെ നശിപ്പിച്ച് നമ്മുടെ നിത്യതയില്ലാതാക്കത്തക്കവണ്ണം വിശുദ്ധിയുടെ വാക്കുകളെ തന്നെ എടുത്ത് കൂട്ടി മാട്ടിക്കളയാൻ അനുവദിക്കരുത് അനുവദിക്കാൻ പാടില്ല കാരണം ദൈവവചനം എത്രയും വ്യക്തമാണ് നമ്മൾ നമ്മൾ ദൈവത്തെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട അവിടുത്തെ മകനും മകളുമാണ് എനിക്ക് നിനക്കും എന്തെങ്കിലും വന്നാൽ അതിനുള്ള പോം ദൈവം ക്രമീകരിച്ചിട്ടുണ്ട് ആ അടിത്തറയിൽ നിൽക്കുക അതിൻ്റെ പേരിൽ നമുക്ക് നമ്മുടെ ജീവിതം എറിഞ്ഞടച്ച് കളയാൻ നമുക്ക് അവകാശമില്ല നമ്മൾ എന്ത് പറയണം ഞാൻ മരിക്കേയില്ല ഞാൻ മരിക്കേയില്ല അതൊരാൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമോ എന്തൊരു അഹങ്കാരം എന്നാണോ അല്ല പ്രിയപ്പെട്ടവർ ചില കാര്യങ്ങൾ നമ്മൾ വിശ്വാസത്തോടെ ക്ലെയിം ചെയ്യണം വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആ പോക്കിൽ തന്നെ മറുവശത്ത് വിശ്വാസത്തെക്കൂടെ നമ്മൾ ഒരു കൈകൊണ്ട് പിടിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം പിശാച വല്ലാതെ വിഷമത്തിലാക്കി കളയും നമ്മൾ പറയണം ഞാൻ മരിക്കുകയില്ല ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും ആ എനിക്ക് മുമ്പിൽ എത്ര സാധ്യതകളുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ മക്കൾ എൻ്റെ സഹോദരങ്ങൾ ഇവരൊക്കെ വരുമ്പോൾ ഇവരെ ഉത്സാഹിപ്പിച്ച് ചെറുപ്പക്കാരെയൊക്കെ ഉത്സാഹിപ്പിച്ച് ചെറുപ്പക്കാരെ ഒരാൾ നാളെ വന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അവനോടും പറയും മക്കളെ എൻ്റെ ജീവിതവും ഇങ്ങനെ ആയിരുന്നു എന്നെയും പിശാജി ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഹോണ്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വേട്ടയാടിയിട്ടുണ്ട് ഞാൻ അപ്പോഴെന്ത് ചെയ്തു ഞാനീ ദൈവവചനധൈര്യത്തോടെ വായിക്കുകയും അതിലേക്ക് എൻ്റെ ഹൃദയത്തെ കൊണ്ടുവന്ന് ഉറപ്പിക്കുകയും ചെയ്തു കാര്യം വചനം മാത്രമേ ഉള്ളൂ എന്ത് മാറ്റമില്ലാത്തത് നമ്മുടെ തോന്നലുകൾ മാറിപ്പോവും ഇന്ന് രാവിലെ നമുക്കൊരു തോന്നൽ വന്നാൽ നാളെ രാവിലെ മറ്റൊരു തോന്നലായിരിക്കും നമ്മുടെ വികാരങ്ങൾ മാറിപ്പോകും നമ്മൾ നമ്മുടെ ഇച്ഛയെ നമ്മുടെ വില്ലിനെ വചനത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ച് അതുമാത്രമേ സത്യമുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ആ ഒരു കാര്യം ഈ ഇന്ന് നമ്മൾ കർത്തൃപേശയിലേക്ക് കടക്കുമ്പോൾ അവിടെയും നമ്മൾ ഓർക്കേണ്ടത് ഈ കാര്യത്തെക്കുറിച്ച് കർത്തൃപേശ പലപ്പോഴും നമ്മൾ മറ്റു പല കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കുന്നത് അനേകരെ ഈ സത്യത്തിന് സാക്ഷികളായിട്ട് വരേണ്ടതായിട്ടുണ്ട് മേശമേൽ അവശേഷിക്കുന്ന അപ്പം അതിനെ കാണിക്കുന്നു വീഞ്ഞ അതിനെ കാണിക്കുന്നു ശരിയാ ശരിയാണ് അതൊക്കെ ശരിയായിരിക്കുമ്പോൾ തന്നെ കാൽവറി ക്രൂശിൽ കർത്താവിനിക്കു വേണ്ടി രക്തം ചിന്തി കർത്താവിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി തീർന്നു ഇത് നമ്മൾ രക്ഷിക്കപ്പെടുമ്പം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ല അല്ല ഇന്നും അതിന് ശേഷവും ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഈ നിലയിലുള്ള കാര്യങ്ങൾക്കെല്ലാം ദൈവമേ അവിടുന്ന് ക്രമീകരണം വരുത്തിയല്ലോ ഈ മേശ ആ സത്യത്തെയും വിളിച്ചറിയിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് പ്രാഗല്ഭ്യത്തോടെ ഇതിലേക്ക് കൈ നീട്ടണം കഴിഞ്ഞ കഴിഞ്ഞ മാസത്തിൽ കരുത്തൃ മേശ കഴിഞ്ഞ് ഞാനൊരു ചെറുപ്പക്കാരനൊരാളോട് ചോദിച്ചു മോനെ ആ എടുത്തല്ലോ അങ്ങൾ ഞാൻ എടുത്തില്ല ഞാൻ എടുക്കണം എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു തക്ക സമയം വന്നപ്പം ഞാനങ്ങ് കൈ ഇങ്ങ് പിൻവലിച്ചു മക്കളെ ഇന്നങ്ങനെ ചെയ്യരുത് എന്താ ചെയ്യേണ്ടത് നീ ഒരു ഒരു ഒരു കാവട്ടക്കാരനായിട്ട് ഇരിക്കാൻ ഞാൻ ഉപദേശിക്കുകയാണോ നിൻ്റെ ജീവിതത്തിലെ കുറവുകൾ നിനക്കേ അറിയുള്ളൂ സമ്മതിച്ചു സമ്മതിച്ചു പക്ഷേ അതിനാർ പരിഹാരം വരുത്തി ആ പരിഹാരം കൂടെ കാണണം അതിലുറച്ച് നിൽക്കണം അങ്ങനെ ഉറച്ചു നിൽക്കാതിരിക്കുന്നത് താഴ്മയാണെന്ന് തെറ്റിദ്ധരിക്കരുത് കണ്ടോ നമ്മൾ പറയുന്ന താഴ്മയെന്ന് പറയുന്ന അതേ കാര്യത്തെ തന്നെ പിശാചെടുത്ത് ചില ആളുകൾ അയ്യോ ഞാനും ഞാൻ ഇതിലൊന്നും പങ്കെടുക്കാൻ അർഹനൊന്നുമല്ല നമ്മൾ വളരെ താഴ്മയോടെ കൈ പിൻവലിച്ചിരിക്കാം അത് താഴ്മയല്ല ദൈവവചനം എന്ത് പറയുന്നു അതിൽ നിൽക്കാനുള്ള താഴ്മയാണ് നമുക്ക് വേണ്ട ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും ഈ രക്തീലൻ ഹൃദയ ഹീമത്തെ നമ്മൾ പാടിയതെന്താ ഞാന് ഈ പാറയിലാണ് നിൽക്കുന്നത് ദൈവവചനത്തിലാണ് നിൽക്കുന്നത് ദൈവവചനത്തിലാണ് നിൽക്കുന്നത് എൻ്റെ കാലുകൾ ആഴമുള്ള ചേറ്റിൽ സംശയത്തിൻ്റെ ചേറ്റിൽ പിശാചു കൊണ്ടുവരുന്ന കുറ്റബോധത്തിൻ്റെ ചേറ്റിൽ എൻ്റെ കാലുകൾ താണു ഞാൻ ക്രിസ്തുവെ അങ്ങാകുന്ന പാറയിൽ ഞാൻ നിൽക്കും അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുടെ ഞാൻ അടിയുറച്ച് നിൽക്കും ഇവിടെ പാട്ടുകാരൻ പറയുന്നത് കേട്ടോ ഒരു വെല്ലുവിളിയെ പോലെ ചോദിക്കുന്നത് ആരെന്നെ കുറ്റം ചുമത്തും ആരെന്നെ കുറ്റം ചുമത്തും ആർ ശിക്ഷയ്ക്ക് വിധിക്കും കാരണം എൻ്റെ തെറ്റുകൾക്കെല്ലാം ഉള്ള പരിഹാരം കർത്താവ് എനിക്ക് രണ്ടായിരം വർഷം മുമ്പ് അത് കാൽവറക്രൂശിയിൽ തീർത്ത് തന്നു എന്നു മാത്രമല്ല ആ രക്തവുമായിട്ട് അവിടുന്ന് ഒരു അഡ്വക്കേറ്റിനെ പോലെ പിതാവിൻ്റെ അടുത്ത് നിൽക്കുന്നു പിതാവ് പിതാവ് ദൈവം അവിടെ കാണുന്നത് പിതാവിൻ്റെ അടുക്കൽ അഡ്വക്കേറ്റ് അവൻ തന്നെ പ്രായച്ചിത്തവുമാണ് അവൻ തന്നെ അഡ്വക്കേറ്റുമാണ് ഓ തൃത്വത്തിൽ രണ്ടാമനായ യേശു അവിടുന്ന് എൻ്റെ പാപം വർഷം മുമ്പ് മരിച്ചു എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല ഈ കാര്യം കാണുമ്പോൾ കർത്താവിനെ നമുക്കെപ്പോഴും ആവശ്യമുണ്ട് നമുക്ക് ഈ അഡ്വക്കേറ്റിനെ എപ്പോഴും ആവശ്യമുണ്ട് കർത്താവ് ആ തൃത്വത്തിൽ രണ്ടാമൻ അവനെ കാൽവറിക്കൃഷി രണ്ടായിരം വർഷം മരിച്ച് മുമ്പ് മരിച്ചു അതോടവൻ്റെ പ്രസക്തി തീർന്നു ഇനിയും വീണ്ടും സഭയെ ചേർക്കാനായിട്ട് വരും അന്ന് മാത്രമേ അവന് പ്രസക്തി ഉള്ളൂ എന്നാണോ സഹോദര സഹോദരി നീ തെറ്റിദ്ധരിച്ച് പോയിട്ടുള്ളത് അല്ല ഇന്ന് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി പിതാവിൻ്റെ അടുക്കൽ പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല അഡ്വക്കേറ്റ് പരക്ലിത ആശ്വാസപ്രദൻ അവനുണ്ട് അവനിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുക ധൈര്യം നേടുക പ്രാഗൽഭ്യത്തോടെ ആയിരിക്കുക എൻ്റെയും നിൻ്റെ ഈ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് തുടർന്ന് ധൈര്യത്തോടെ നടക്കട്ടെ ഹാലലൂയ ഹാലലൂയ പിശാജിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ട കാര്യങ്ങളെ അതിൻ്റെ യഥാർത്ഥ നിലയിൽ എടുക്കണേ നമ്മളെപ്പോഴും വിശുദ്ധിക്ക് വേണ്ടി പ്രസംഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ വിസ്മരിക്കരുത് ഈ അടിത്തറയിൽ നിന്നുകൊണ്ടേ ഇനിയും ഏത് പ്രസംഗവും നമ്മൾ കേൾക്കാവും ഹാലലൂയ ഹാലലൂയ്യ പാവം ചെയ്യാൻ ഒരു ലൈസൻസ് പോലെയും ഇതിനെ ഗൗരവമായി എടുക്കണ്ട എന്നൊരു സന്ദേശവുമല്ല ഇത് മറിച്ച് ദൈവം നമ്മുടെ പ്രകൃതിയെ അറിയുന്നു നമുക്ക് വേണ്ടി കാര്യങ്ങൾ അവിടുന്ന് ക്രമീകരിച്ചിട്ടുണ്ട് ഈ സത്യത്തിൽ നിൽക്കുക അവിടെ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ പാപത്തിൻ്റെ മേൽ ജയമുള്ള ഒരു ജീവിതമൊക്കെ അതിൻ്റെ മേൽ നമുക്ക് കൈവരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതൊക്കെയും ദൈവം നമ്മളെ അതിലേക്ക് നടത്തിക്കൊള്ളും ധൈര്യത്തോടെ നമുക്ക് ആ നഴ്സറി ക്ലാസ്സുകളിൽ നമ്മൾ കേൾക്കുന്ന ആ കാര്യങ്ങളിൽ അന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക്